അതിന് എന്തൊക്കെ തെളിവുണ്ടത് ഖുർഹാൻ ഹദീഫ് മുതലായവയാണ് നസലി ആ തെളിവ് മുതലിക്കും ബുദ്ധിപരമായ തെളിവുകൊണ്ട് എന്നെ പറഞ്ഞു ആദ ഖാദിൽ ഇൽമെന്ന മാത്തം പറഞ്ഞാ അതന്നെ ഇൽമെന്ന മാത്തത്തിൽ തെളിവാണ് നല്ല ഖുർആനല്ല അതാണ് ഷഹീദുഹാം മിൽ ഖുർആനിൽ നിന്ന് അതിനെ തെളിവാണ് പറയുന്നത് ഖൗലുഹു അഷ്ഹദല്ലാഹി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വൽ മലായികത്തു യഖൂലുനൽ ഇൽമി ഖായിമൻ ബിൽ ഖുർ അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ള കലിമത്തു തൗഹീദാണ് അതിന് സാക്ഷിയായിട്ട് ആരെയും കൊണ്ടുവന്നത് ഒന്ന് അള്ളാഹു താല സാക്ഷി രണ്ട് മലക്കുകൾ സാക്ഷി മൂന്നോർ സാക്ഷിയും അപ്പൊ അള്ളാഹുവിനോടൊപ്പവും മലായിക്കത്തിനോടൊപ്പവും സാക്ഷ്യം വഹിക്കാനുള്ള പദവിയിലേക്ക് ആരെത്തിയിട്ടുണ്ട് ആദ്യമായി സാക്ഷി പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുക്കത്തി രണ്ടാമതായി മലായിക്കത്തി വൽമലായിക്കത്തു وطنث ابي اهل للميمونا متي باغارا اهل من اهل गाव ഇതിന്റെ അപ്പുറ ഇതി ബോദിച്ച ഭാഗ ഒന്നും പറയണ്ട എന്ന് പറയുന്നു വനാഹിക ബിഹാ ഷറഫ ഫളലൻ വദലാഅൻ വനബലൻ ഇതി മനാഹിക എന്ന് പറഞ്ഞാൽ ഇതി മതി കൂടുതൽ ഒന്നും പറയണ്ട ഇത് തന്നെ മതി ഷറഫാ ലും ഫളലാ ലും കാ അ വ്യക്തമാവൽ നാലും ഉന്ന ദൈതെ കത്തൽ നാലേ നീനാടൽ പറയണമെന്നു ബാക്കിയില്ല ഇതി രണ്ട് وقال الله تعالى يرفع الله الذين آمنوا منكم والذين اوتوا العلم درجات يرفعين वचन കാരണം يرفعوا المرفع فعل لا ان باقيله الاعراب جزمانو এটা তখন മുമ്പുള്ളದು واذا قيل ان تفترقوا في المذاهب فافتحوا يسهل الله لكم واذا قيل ان تزغو فانسوا ونور कंटिन्यूറ്റിള്ള അനി ബാക്കി ജവാബിന് ജസ്മിനുള്ളത്മി ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് വലിയ വാക്കിയത് അത്മ ദറജ നിങ്ങളിൽ നിന്ന് മോമിനികളായവരുടെ ദറജ അമ്മ അവത്താലെ ഉയർത്തും അതുപോലെ ഇൽമ നൽകപ്പെട്ടവരുടെ ദർജയും ഉയർത്തും അപ്പൊ ഈമാനും ഇൽമും കൂടിയുണ്ടെന്തായി രണ്ട് ജാതി അർജുയർത്തലേ ിൻ എന്ന പല ദറാകളുണ്ട് മേലെ ഉലമായുള്ള ദറജയാത്രയാണെന്നറിയുമോ എഴുന്നൂറ് ദറജയാണ് മോമിനീകൾക്ക് ദർജയുണ്ട് എന്നിവിടെ പറഞ്ഞു ഓത്തുൽമാക്കും ദർജയുണ്ട് മോമിനികളെ അപേക്ഷിച്ച് ഓത്തുൽമാന്റെ ദറജയാത്രയാണ് എഴുന്നൂറാണ് അതിന്റെ വ്യത്യാസം മാബൈനധരജത്തെ മസീദത്തെ സംസമീയത്തി രണ്ട് ധരജന്റെ ഇടയിലുള്ള ദൂരത്തിനെന്ന് പറയുന്നു അഞ്ഞൂറ് കൊല്ലം സഞ്ചരിക്കാനുള്ള ദൂരം അപ്പൊ എത്ര മാത്രം അത് അത് ഉപമയിൽ കൂടി മനസ്സിലാക്കി തന്നെയാണ് അതിന്റെ വ്യത്യാസം ആകാശം ഭൂമിയും പോലത്തെ വ്യത്യാസം എന്നൊക്കെ പറയും പോലെ മാനവീയായ ആ കഥ മനസ്സിലാക്കി തരാൻ ഒരു മഹസൂസായ ഉദാഹരണമാണത് വകാലാ പറയുന്നതിന് മൂന്നാമത്തെ തെളിവ് അറിവുള്ളവരും ഇല്ലാത്തവരും സമന്നല്ലല്ലോ അതെ മാത്രമല്ല ഇതിൽ ഈ എഴുന്നൂറ് ഇത് പറഞ്ഞത് അഞ്ഞൂറ് കൊല്ലത്തെ ദൂരം അഞ്ഞൂറ് വല്ല ഇവിടുന്ന് എഴുത്തിക്കൂടിയാലും ആകാശം ഭൂമി പോലെ അല്ലെങ്കിൽ മറ്റരിക്കും അറിവിന്റെ ദൂരം എന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ ഒരു തക്തീറാന്നല്ലത് കസടത്തിന് കാണിക്ക മായ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാഗ് മാത്രമാണ് ഇതാണെങ്കിൽ മോലാക്കന്മാർ അന്ത ഓടിക്കൊന്നും അങ്ങനെ സിറാത്തോ റിവാത്തുമില്ല തനിച്ച ബാത്തിലും ഒറുതാണ് മറോളം പൊറോ കുത്ത് വരികയാവുമെന്നുണ്ടതിനെപ്പറ്റി താവിളി പറഞ്ഞിട്ടുണ്ട് കാര്യം ഇതാ പ്രത്യേക സ്വീകരിച്ചിട്ടില്ല അമുൽ ബാഫർ എടഗ്രിറത്തുള്ളത് അമുൽ ബഫാറിന്റെ അത് എടയ്ക്കിറാത്ത് തെളിച്ച് തരണം ഭീമമായ അബദ്ധം മനസ്സിലാക്കുന്ന അബദ്ധം എന്നിട്ട് മൂത്ര പ്രത്യേക എത്തി കൊടുക്കുന്നു ഇതെല്ലാം ഇരിക്കാത്ത ജീവിതത്തിൽ കുറാനി കാര്യം എടുത്തിട്ട് നമ്മളെ ഒപ്പത്തായിപ്പോ കയറി ആ അങ്ങോട്ട് ഓരോ വിഭാഗ തോര് കൊറവാത്ത ബന്ധം മനസ്സിലാണ് ആ പുരമാകാണ് യസ്റ്റാന്റെ ഫായില് അപ്പോ അവന്റെ അടിമകളിൽ നിന്ന് അള്ളഹാനെ പേടിക്കുന്ന ആള് ഉരന്മാർ മാത്രമേ ഉള്ളൂ എന്താണ് മുരക്കന്മാരെ അള്ള പേടിക്കുള്ളൂ എന്നല്ല ഏടെ ഏത് ആരെ കിറാത്ത് ഓ കാര്യമില്ലല്ലോ കിറാത്ത് നബീസല്ലാ അടിമസല്ലമ്മ താങ്കളിൽ നിന്ന് നെക്കലിസ് ബൂത്താകണം അങ്ങനത്തെ കിറാത്ത അടയേണ്ടത് ഒന്നെങ്കിൽ കുറാ ഉത്തബത്തിന്റെ മുട്ടവാച്ചുറായ കിറാത്തിൽ വേണം അല്ലെങ്കിൽ അതിന്റെ അപ്പുറമുള്ള മൂന്നെണ്ണം മഷഹൂറായ കിറാത്തിൽ വേണം അതിന്റെ അപ്പുറം നാല് കിറാത്ത് ഷാദ്ണ്ട് ഷാദിലും കൂടിയില്ല അത് വന്നാത്തന്നെ എന്താക്കാൻ പറ്റൂല കിണാത്തായിട്ട് അംഗീകരിക്കാൻ പറ്റൂല മഷൂർ പെറ്റോം പറ്റൂര് എന്താഫാ ഹൃദയത്തിന്റെ അപ്പുറം അതിനാൽ കണ്ട പോലീസ് ധാരാളം പറഞ്ഞല്ലോ ശരിതന്നാബ് പോലെ പോലീസ് ചേച്ചി ഒന്നായിക്കാന്നല്ലേ പറഞ്ഞത് അള്ള പഠിക്കുന്ന കുട്ടർന്ന് ഇന്നത്തെ കാലത്ത് അള്ളതന്നെ വിവരം പിത്തിനെ പഠിച്ചിട്ടാ അള്ളക്കെന്താ ആഴപ്പം പിടിക്കേണ്ടി കിത്തിന ആകാശമൊക്കെ കേറിയിട്ട് അള്ളാൻ തന്നെ പൊടികൊടിയൊക്കെ ഒന്ന് എട കിണാത്തുള്ളത് ഏത് കാര്യമാണ് ഇപ്പോ ചെയ്യുന്നത് പ്രമേയത്തിന്റെ കിറാത്തോ അക്ഷരത്തിന്റെ കിണാത്തോ അറബത്തിന്റെ കിറാത്തോ മസഹൂറായ മോതിരിമായിട്ട് എന്നുള്ളത് തന്നെ വളരെ ശ്രദ്ധേയമാണ് എന്നാൽ തന്നെ പറ്റോ പറ്റില്ല ഷാദ് ഖുർആാൻ നിസ്കാരത്തിലെ കാലം പാതിരി അറിയോ ുംമൻച്ച പറയാൻ ഇത്രൊന്നും വലക്കറുണ്ടല്ല ആരെന്തെങ്കിലും നമ്മം പരിയാളാന്നു പറഞ്ഞ പോലെ നാലാമത്തായ അഞ്ചാമത്തെ എത്ര വന്ന് വന്നോ വന്നോ എത്തമ അഞ്ചി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 حسنًا لكنه لا يوجد الله من الناس لذلك وكأنه محمد رسول الله كانت شخصة وضعه وقال تعالى قال الذي عنده علم من الكتاب أن أعطي كبه سلائمان النبي عليه الصلاة والسلام جودت هذا الذي يجب أن يكون فيه هذا هو محافرة سفريك ورنجو آر منكو ردغن ما نحن قلت لها പോരാ അതിനേക്കാണ് മുമ്പെത്തണമെന്ന് പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഇൽമ് നൽകപ്പെട്ട ഒരാൾ പറഞ്ഞു എന്നാണ് ആതിഹിപ്പനി പറഞ്ഞ റമിയല്ല എന്ന് പറഞ്ഞു എന്നാണ് മുമ്പ് മുറിൽ മുപ്പത്തഞ്ചികളും പോയത് അപ്പൊ അവരല്ല മധുനീത കിതാബിൽ നിന്നുള്ള ഇൽമ് നൽകപ്പെട്ട ഒഴിവും ഒരു ഇൽമിന്റെ ആളുകൾ വലിയോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല താല്പര്യമല്ല ഇൽമ നൽകപ്പെട്ടോ ഇത് അതുകൊണ്ട് എനിക്കുണ്ടായതുകൊണ്ട് ഈ മോജി ഈ കവറി കൊല്ലാത്ത കാട്ടാൻ ശിസ്റ്റന്മാരെ കൊണ്ടടുത്തിട്ടാണ് എനിക്കല്ല ക്രെഡിറ്റ് തന്നെ കൂടെ കിട്ടിയത് അതിന്റെ സിസ്റ്റം പറഞ്ഞ അർത്ഥം പിന്നെ ഓർ ആരായിരിക്കും ഏതോടൊപ്പം ഇൽമ മിനൽ കിതാബ് ഒന്ന് അല്ലതെന്ന് നബി തന്നെയാണെന്ന് പറഞ്ഞ ആളുണ്ട് അത് സീമാ മൊബൈൽ അങ്ങനെയാണ് അതിലെല്ലാം മൂപ്പർ തന്നെയാണ് അത് ഓർത്തൊട്ടേ മറ്റൊരു വിഭാഗത്ത് പറഞ്ഞതേ ഉള്ളൂ നൽകപ്പെട്ട ഒരാള് എന്നുള്ള സാന്നിധ്യം നൽകിയാണ് അസിഫല്ല അതിനാ സുലൈമാ നബി തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ മജിദാസിന് ആ തെളിവാകല് ബ്രാമത്തിനെല്ലാം ആ ആറ് മണിക്കൂർ അതായത് ഓരോ ആ സിംഹാസനത്തിൽ സുലൈമാ നബി ഇരുന്നാല് എന്താക്കും രാവൂന്ന് ഓരോ സമയത്ത് നീക്കരുത് അപ്പൊ ആറ് മണിക്കൂറിന്റെ കേൾക്കൊണ്ടാവും ആ അതെന്താ ഉണർത്തിയത് അലി കൂന്നി ഇൽമ കൊണ്ടുള്ള കൂവത്തുകൊണ്ടാണ് ഈ ഹാരിപ്പൊള്ള കാണിക്കാൻ അവർക്ക് സാധിച്ചത് എന്ന് തമ്പീഹിനുള്ളിലുണ്ട് അവർക്ക് ഇത്ര വലിയ അമാനുഷികമായ അസാധാരണമായ ഒരു കഴിവുണ്ടായല്ലോ അത് ഇരു കൂവത്തുള്ള ഇൽമ കൊണ്ടാണ് കരസ്ഥമായത് എന്ന് കാണിക്കാനാണ് ഇന്തമ മിതൽ കിട്ടാബ് എന്ന ഫയൽ എന്താക്കി ആ വസ്തു ചേർത്ത് പറഞ്ഞിരുന്നു എവിടെയാണ് വലിയ ആഡംബരക്കാരനായിട്ട് രംഗത്ത് വന്ന് അപ്പൊ പാവങ്ങൾ പറയാൻ തുടങ്ങി ഇയാളും മാറി ഞാൻ അതിന്റെ തെരക്കോട് ഇല്ലായിരുന്നേനെ ഇയാളെത്ര സൗഭാഗ്യവാനാണ് ഇയാൾ എത്ര ഉത്സാഹമാണ് അന്നന്ത്രത്താ ചെയ്തതെന്ന് അപ്പൊ തിരിയുന്ന ആളെന്ത് പറയുന്നത് ഇതുപോലെ നാശത്തിലേക്കുള്ള പോക്കാണ് അപ്പോൾ ഈ ദുഞ്ഞാവിന്റെ ആഡംബരങ്ങൾ നാശത്തിലേക്കുള്ള പോക്കുക എന്നുള്ള ആ സുഹൃദിന്റെ കണ്ണോണ്ട് കാണാൻ അവർക്ക് ആർക്കെ സാധിച്ചത് സാധിച്ചിട്ടുള്ളൂ എന്താ ഊത്തുല ഒരു കൂട്ടർ എന്താ പറഞ്ഞത് മിശലമാ ഊത്തിയ കാറൂൻ അതല്ലാത്ത ഹന്നുകാരൻ തന്നെയായിരുന്നു അതേണ്ടിൽമന്റെ ഹേടുകാർ പറയുന്ന വഴിയിലും നിങ്ങൾക്ക് തെറ്റുവെച്ച് സവാദുണ്ടായി കയരുമൻ ആ മന വഴങ്ങന വിശ്വസിക്കുകയും സാലിഹായ അമൽ ചെയ്യുകയും ചെയ്താൽ അള്ളാഹ കൊടുക്കുന്ന സവാബാണ് ഇതിനാക്കണമെൽപ്പി ഇത് ആജിലായ ഒരു ലൈഫിൽ ആ ഇമാലിന്നും സാലിഹായ അമലിന്നും കേടുക്കും അള്ളാഹുത്താല കൊടുക്കുന്ന സവാബാണ് ഇതിനാക്കണം ഏറ്റവും മുന്തിയത് എന്നാണ് ഇൽമിന്റെ അധികാരം പറയും ബൈദ്യന അന്ന ഇളമൾക്ക് അതിലെല്ലാം ആഹിതത്തി ആഹൃതത്തിന്റെ കവിരന്റെ ആ വണ്ണ വലിപ്പം ഇവരുടെ മുമ്പിൽ ഇരുങ്ങി ഇരുന്നു കൊണ്ടേ ചെയ്യുകയുള്ളൂ എന്നാണ് ഈ ആസിൽ കൂടി മനസ്സിലാക്കുന്നത് ഇനി അള്ളാഹുത്താല കുർബാനുള്ള നദീമിൽ ഒരുപാട് ഉദാഹരണങ്ങളും ഉപകമ്പങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ ഉദാഹരണങ്ങൾ ഉപമകൾ ഉണ്ടാക്കണം നമ്മൾ ഉദാഹരിക്കുന്ന മയനിയുമായിട്ട് ഒത്തി ഒരു ഉപമ പറഞ്ഞാൽ യുപമന്റെ അർക്കാനകളും ഇതിൽ പറയപ്പെട്ട അർക്കാനും തമ്മിൽ ഒക്കണ്ടേ നിത് വേണ്ടേ ഇത് ഇതാകുന്നു ഇതിതാകുന്നു പ്രദിപ്പിക്കാനും എന്നിട്ട് അതുകൊണ്ട് അതിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള പാഠം എന്നാണ് രണ്ടാമത് കിട്ടണം അപ്പൊ അത് ആലിമ്യങ്ങൾക്കല്ലാതെ കണ്ട് അത് മനസ്സിലാക്കാൻ കഴിയൂല എന്നതാണ് അപ്പൊ ആ ഉപമയ അലങ്കാരം എത്തിയേക്കാൻ പോയത് ആലിമ്യങ്ങളെ പിന്നീട് കൂടുതൽ അതാ വത്തിൽ ചെല്ലം അത്തരത്തിലുള്ള അംശാലുകൾ ഞാൻ ജനങ്ങൾക്ക് മനസ്സിലാക്കി വിവരിച്ചു കൊടുത്തു പക്ഷേ വമാഹ എല്ലിമോൻ അല്ലാലി നിങ്ങൾക്കല്ലാതെ കണ്ട് ഈ അംസാലിന് എന്തൊക്കെ ഇല്ല ഉൾക്കൊള്ളാൻ കഴിയൂല എല്ലാം ഉദാഹരണം ഇങ്ങനെ പറഞ്ഞത് മസലി മുലഹം മസലഹം മസലൻ മസല കമാൻ നൻസലിനാവും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മിസാലുകളുണ്ട് മിസാലിലുള്ള ഓരോ റുക്കിനുകളും മുമ്പത്തലിനോടൊക്കെ ഒത്തുവരും ചേർ മതിമൂൺ ഒത്തുവരും قَالَ تَعَالَى وَلَوْ رَدُّوهُ إِلَى الرَّسُولِ وَإِلَىٰ أُولِي الْأَمْرِ مِنْهُمْ لَعَلِمَهُ الَّذِينَ يَسْتَنْبِطُونَهُ مِنْهُمْ إِنْ كَانُوا صَادِقِينَ أَذِنَ الرَّسُولُ لَكُمْ صَلَّى اللَّهُ <تصفيق> عَلَيْهِ وَسَلَّمَ كَغِلَ لَكُمْ أُولِي الْأَمْرِ لَكُمْ بِدَنَم أَلا தெറെ പിരിയാത്തെ കാര്യങ്ങൾ ഉണ്ടാവും എല്ലാവരും നസ്റൈ കൊണ്ടോ മഹറായി കൊണ്ടോ ഹക്കമുക്കി കൊണ്ടൊന്നില്ലല്ലോ പലേണ്ടേ ഇതിനെ പിടിച്ചെടുക്കാൻ ഉണ്ടാവും അപ്പൊ അതിനെന്താക്കണം റസൂലിലേക്കും സണ്ണല്ലാഹീം എത്തന്നെ ഉരുലമ്പിലേക്കും വിടുക എന്നാൽ അലിമഹുല്ലദീ എസ് എം ബി പൂനഹുമിന്നും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇതിന് ഇസ്റ്റിംബാത്ത് ചെയ്യാൻ അർഹതയുള്ള ആളുകൾക്കത് കാര്യം മനസ്സിലാവും എന്തെങ്കിലും അവർക്ക് ഉരുല്ലമ്പന്റെ കൂട്ടത്തിൽ കൂട്ടേ കാരണം ജാതികളെപ്പോഴത്തെ ഉരുലമ്പാക്കിയായി അവിടെ കീഴിലുള്ള മംഗോലിയങ്ങളെ അവസ്ഥ എന്തായിരിക്കും ഒരു ജാഹിനെപ്പുറിച്ച് ചുരുള്ളം തുടക്കുക അവന്റെ കീഴിൽ ആലുമും സാദാർത്ഥ്യങ്ങളും എല്ലാം അടിഞ്ഞിറക്കുക ചോം പറയും പോലെ അവർക്ക് വൈപ്പിടണോ എന്തോ പറയും ചെയ്യാം അപ്പൊ ആരായി സാദാർത്ഥ്യങ്ങളും ആരുംങ്ങളും ജാഹിന്ന് വൈപ്പിടുക അത് ഞാൻ നാളെ അങ്ങനെ എല്ലാം തെളിവും എല്ലാം തെളിവും പള്ളി ബജാറാവും ബജാറ് പള്ളിയാവും ഫോം വിളിക്കാൻ വേണ്ടി പള്ളിയെ അറിഞ്ഞിട്ട് നമുക്ക് പള്ളി പോയി വിളിക്കാമെന്ന് പറഞ്ഞു ഓരോ വാക്കുകളിലേയും അള്ളാഹുവിന്റെ ഹുക്കുമ് ഹുക്കുമൂദ നമ്മീർ അന്നയിലേക്കാണ് മടങ്ങുന്നു ഓരോന്നിനും അന്നാക്കേണ്ട ഒരു ഹുക്കുമുണ്ടല്ലോ അത് വാജിപ്പാണോ ഹറാമാണോ കഥാഗത്താണോ എന്നുള്ളത് ആ ഹുക്കുമ് എന്തിന് വക്കായി വെച്ച ഓരോ സംഭവങ്ങളിൽ ഓരോ മണ്ഡലപ്രശ്നങ്ങളിൽ എവിടത്തേക്ക് മടക്കി ഇലത്തി ഹിം ഹിം എന്ന് പറിന്റെ ഇസ്ലിം പാട്ടിലേക്കാണ് എന്താ അടമെടുക്കിയത് അപ്പൊ ഉച്ചക്ക് ഇതുണ്ട് പ്രത്യേകം അധികാരമുള്ള നൽകിയിട്ടുണ്ട് ആ അവർക്ക് പ്രത്യേകം യോഗ്യതയുണ്ട് ആ യോഗ്യത ഒത്തുകൂടിയിട്ടില്ല എന്ന് ശേഷക്കാർ സ്വയം സംബന്ധിക്കാൻ ഈ പറഞ്ഞ യോഗ്യത ഞമ്മക്കില്ലാന്ന് ആ എന്നിട്ടങ്ങ് ഓർ ഒഞ്ഞു വാങ്ങുന്നു ഓർഡർ പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നടക്കാം എന്നല്ലാണ്ട് നമ്മക്ക് അങ്ങനെ കാരാൻ നമ്മക്ക് യോഗ്യത പറഞ്ഞു ഒത്തുകൂടിയിട്ടില്ലെന്ന് ശേഷക്കാർ എല്ലാവരും പറഞ്ഞു ഒരു അധീപനോടുക നാട്ടിലക്കാലും ഊരാത്തിയാകുന്ന ഒന്നിരിക്കാന്ന് പറഞ്ഞാൽ ഒന്നും അത് തന്നതിയാവില്ല അമ്പിഞ്ഞാക്കൾക്ക് അമ്മാത്താടെ അമ്പിഞ്ഞാക്കളെ ഈ കാര്യം എത്തിക്കാൻ വേണ്ടി നിയമിച്ചതുപോലെ അതിൽ നിന്ന് മസാല ഇച്ചിര ഞാൻ ഒരു വിഭാഗത്തിന് അമ്മാവ് സ്ഥാപിക്കുന്ന ആളുകൾ നാം മനസ്സിലാക്കേണ്ടില്ല ഉപ്പുപത്തവും ഉരുൾ നമ്പറിന്റെ ഉപ്പുമ്മൻ അന്നാഹുത്താടെ ചേർത്തു പറഞ്ഞ ഇവിടത്തേക്കാണ് ഇത് ഉപ്പുമ്പത്തിൽ ഇത് വസൂരി എന്നല്ലേ പറഞ്ഞേ ആ പദവിയിലേക്കാണ് എന്തെങ്കിലും സീകൃഷ്ണി ഹുക്കുമില്ല അള്ളാഹുവിന്റെ ഹുക്കുമെ വെളിവാക്കുന്ന വിഷയത്തിൽ അമ്പിയാക്കള കഴിച്ച അമൃ അമൃത എന്ന് പറഞ്ഞാൽ തന്നെ ഉമ്മത്തിനോട് കൽപ്പിക്കാനുള്ള ആ കാര്യകർത്താക്കൾ എന്നല്ലേ അപ്പാദം തന്നെ ഇല്ലാണ്ട് എന്ത് കാര്യകർത്താവണീ പറയുന്നു വഖീലക്കി ഖൗലിഹി തആല യാ ബനീ ആദമ ഖദ് അൻസനാ അലൈകും ലിബാസൻ യുവാരി സൗആത്തികും എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ നിങ്ങളെ ഏട്ട് ഒരു ലിബാസ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ സൗആത്തിനെ മറക്കും എന്നാണ് ഇത് നേർക്ക് നേരെ പറഞ്ഞാൽ ഇപ്പോ എന്താ അവരത്ത് മറക്കാൻ വേണ്ടി വസ്ത്രം നിനക്ക് നൽകിയിന്നർത്ഥം കിട്ടുക ಅದর മറ്റൊന്നുണ്ട് യാരിൽ ഇൽമ ഇൽമ് നൽകിയിട്ടുണ്ട് അപ്പൊ നിങ്ങള് പോയത്തരങ്ങളും ഹമാക്കത്തൊന്നും വെളിവാകാത്ത അതൊരു അവൃത്തം അത് അവിടുത്തെ വെളിഭാഗാതിരിക്കാൻ രണ്ടാമത് ലിബാസാണ് ഇതിന് ഇൽമ് ധൈര്യസമയം ഞങ്ങൾ തുറന്നു പറയാലോ എവിടെ അബദ്ധം പറ്റൂല വരീശൻ പറഞ്ഞാൽ എന്താ അതിൽ യട്ടീന്നാണ് അത് ഈ തഫ്സീർ പ്രകാരം വളിബാസ് തക്കുവാൻ തക്കുവാനിബാസ് ഏതായാലും ഹയാറും അങ്ങനെ തഫ്സീർ ഉണ്ടെന്നാണ് േക്ക് പോയത് ഒരു കിതാബുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നാം പോയി എന്ന് പറഞ്ഞാൽ അംബിതാക്കളെ അയച്ചു നർത്തത്തില്ല അത് അംബിയാക്കളും അള്ളാഹുവിന്റെ കിതാബും അള്ളാഹും തമ്മിലുള്ള അഭയദ്യമായ ബന്ധമാസൂചിപ്പിക്കുന്നു അള്ളാഹ് വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അന്നാർ ഓർഡർ പ്രകാരം ആ നിശ്ചയിക്കപ്പെട്ട അതോറിറ്റി പ്രകാരം ബെറ്റല്ലേ ആ കിതാബിന് നമ്മൾ തഫ്സിലാക്കിയിട്ടുണ്ട് നല്ല ഇൽമ സഹിതം എന്തെങ്കിലും വിവരക്കേടായ രീതിയിൽ എങ്ങനെയെങ്കിലും തഫ്സീലാക്കുന്നല്ല ആ തഫ്തിൽ വളരെ ഇൽമയോടുകൂടി തന്നെയാണ് ഇൽമിന്റെ മേലായ ചെറിയ ഇൽമിന്റെ മേൽ തമുക്കുനായ അല ഇൽമ പറയാൻ കാരണം ഇൽമിൻ്റെ പറഞ്ഞെങ്കിൽ ഇൽമിനോട് മുത്താഹബത്തെ കിട്ടുമെന്നാണ് അതുപോലെ ഇൽമിന്റെ മേൽ സമഖീനായ രീതിയിൽ നിന്ന് അല ഉപയോഗിക്കാനുള്ള കാരണം നമുക്ക് അതെ അറിവിന്റെ മേൽ തമുക്കുവിനായി തന്നെ തഫ്സിയിലാക്കുന്നത് അപ്പൊ ഖുർആാൻ തഫ്സീലാക്കണമെങ്കിൽ അതിന്റേതായ അവാദമായ ഉൽമത്തെ കർത്ഥമാക്കണം നല്ലത് അതിന് മഠം പോലെയാവുന്നു അതും അതേ അർത്ഥത്തിന് തന്നെ നഖുസ്തന്നൊപ്പത്തിലല്ല അവർക്ക് വിസ്തരിച്ചു കൊടുക്കും ഇൽമ് നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിലായിട്ടാണ് എന്ത് സ്ഥിതി ഇന്ന് ഖുർഹാന്റെ ആയാത്തമ്പത് കടലാസിൽ മാത്രമെന്നുള്ളത് ഖുർആാന്റെ ആ നിലനിൽപ്പ് സൂക്ഷിക്കാൻ ആവശ്യമായ റിക്കാർഡാണ് പക്ഷേ ഒറിജിനൽ കേന്ദ്രം അവിടെ വേണ്ടത് പുതുറല്ല അത് വളരെ ഭാവിയും ചരിഞ്ഞല്ലേ ഇൻസാനിനെ അന്നാഹുക്കാലെ പഠിച്ചിട്ട് ബയാനിനെ അവനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു എന്താ ഭയാന് ഒരു കാര്യം വ്യാഖ്യാനിച്ചു കൊടുക്കൽ വ്യാഖ്യാനിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം ഇൽമ വേണം അപ്പോൾ ബയാനിനെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ലാസിമെന്ന് പറഞ്ഞിട്ട് മനസ്സൊന്നും മുറാതാവുന്നു ഇൽമില്ലാണ്ടെങ്ങനെ ഭയാന് നടത്തിപ്പിൽമില്ലാണ്ട് എങ്ങനെ ഭയാന് നടക്കും ആവില്ല അപ്പൊ ഭയാനിനെ പഠിപ്പിച്ചു എന്നതിനാൽ ബയാന് ലാസിമാണ് ും വരാൻ കൃത്യമായിട്ടുണ്ടാവും വൈനമാകരായിരിക്കും അള്ളാഹു താല പറഞ്ഞൂടെയാണ് അടിമകർക്ക് അള്ളാഹു താല ചെയ്തു കൊടുത്ത നിയമത്തുകൾ ഇങ്ങനെ പറയുന്ന തരത്തിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഹരീതുകൾ പറയണ്ടേ വാമല്ലോ പറയുന്നു മഞ്ഞുരി ജിഫക്കിഹിന്റെ ഹാക്ക് എന്താ സാഹിതം ജിസ്മന്റെ മണ്ണിന്റെ ജവാബല്ലേ പതിവ് ജിഫക്കി രണ്ടാമത്തെ ഹായിലേക്കും ചേർത്ത് വരും വരുമല്ലോ ജിഫക്സിന്നെ ഉണ്ടായിരുന്നു ജിഫക്കി ഹുഹു ഹൂന്നൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ലല്ല വായിക്കുമ്പോഴും ഈ കാനൂനനുസരിച്ചിന്റെ വായിക്കണ്ടേ അല്ലെങ്കിൽ ആ ഫീഹായ കലാമിന് കോട്ടം വരുത്തലാന്നല്ലോ ഈ ഖുറാനിലേ വേണ്ടു ടുത്തിൽ എത്തി വേണം അത് ഖുറാന്റെ അരീസിന് വേണ്ടാന്നതി അപ്പം ഫത്തിഹായ കലാമിനെ കൊണ്ടപ്പോ ഫത്തിഹാക്കിയിട്ട് മാറ്റിപ്പിച്ചിരിക്കണോ മുട്ടമാസേ ഒരുമിച്ചുകൂടി ആദ്യത്തെ സാക്ഷ്യനായ രണ്ടാമത്തെ മുട്ടാതിക്കായ ഇരഹാബ് വാതിബാണത് രാവിന്റെ കണ്ണൂരിൽ തീർച്ചപ്പെട്ട സംഗതിയാണ് പറയുമോ നിങ്ങൾക്കെ മേശിനുമ്പിൽ വെക്കുന്നെല്ലാം പറഞ്ഞേക്കുന്നുണ്ട് അള്ളാഹുത്ത ഒരു മനുഷ്യന് ധാരാളം ഹൈര് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഹൈറൻ എന്ന് പറഞ്ഞ തന്മീനത്തെ കസീരത്തിന്റെ തന്വീന എന്നാണ് ഹൈറൻ എന്നാണ് തന്മീൻ കാരണം ആയത്തിൽ പറഞ്ഞേതാ മമയുഹത്തിൽ നൽകിക്കുമ്പോട്ട് കൂട്ടിയ ഹൈറൻ കസീരാണ് ആയത്തിൽ കസീർ വെടിവാക്കി പറഞ്ഞിട്ടുണ്ട് ആ ധാരാളം ഹാജ് കൊടുക്കാൻ അന്താഹ ഉദ്ദേശിച്ചാൽ എന്താ ചെയ്യാ ദീനിലുള്ള അറിവ് കൊടുക്കും പക്ഷെ അറിവ് മാത്രം സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചാൽ മതിയോ ഇന്നു വൃക്ഷൂ ആ അവന്റെ വൃക്ഷത്തിന് ഇല്ലമാക്കി കൊടുക്കുകയും ചെയ്യാ ഇങ്ങനെ ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തൂടാം ഇത് ശരിയാന്ന് ഇത് തെറ്റാം സർട്ടിഫിക്കറ്റ് ഇതിനെ ഡപ്പ് മാസാനായിരിക്കും മന്ദനില ആറു മാസം കൊണ്ട് നാല് മണിക്കൂറിനുള്ള സർട്ടിഫിക്കറ്റ് എടുത്താൽ എന്താ അതിന് സർട്ടിഫിക്കറ്റ് അതിനെ എണ്ണം തീരുമാന കാരണം ഫാൽ കാണുന്നതിനാണ് പഠിക്കുക നെഹ്ബിന്റെ കാലുകൾ അതിന് സർട്ടിഫിക്കറ്റ് ഭക്ഷണവിന് നെസുബാന്ന് പഠിച്ചിട്ട് എന്താക്കുക അത് നെസുബാധിക്കാൻ പഠിച്ചാൽ അവരുടെ സർട്ടിഫിക്കറ്റ് മൂന്നാമിക്ക് ജഫ്രാൻ എന്നറിയുന്ന സർട്ടിഫിക്കറ്റ് അപ്പൊ സർട്ടിഫിക്കറ്റ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതിന് കേസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു മണിക്കൂർ ലാസേ വേണം ഒരു മണിക്കൂറിന് മൂന്ന് സർട്ടിഫിക്കറ്റ് ഫൈലിന് നേരം എന്താണ് അത് പഠിക്കുക ഒരു ഫാൻ കൊടുത്താൽ ഇത് ഫയലാണെന്നും ഇത് റഫാണ് കൊടുക്കേണ്ടതെന്നും എങ്ങനെ കൊടുക്കണം ഇത് മുഹറദോ സിനോ ജമ്മോ എന്തുകൊണ്ടാണ് അത് ഹെർക്കത്ത് കൊണ്ട് കൊടുക്കണമോ ഹെർഫ് കൊണ്ട് കൊടുക്കണമോ ഞാൻ തീരുമാനിക്കാം ഒരു ബസിക്കൊക്കെ ഉണ്ടാക്കിയു അത് ടെസിനാണെങ്കിൽ ഇപ്പം ഉണ്ടായിരിക്കണം ജമ്മു ആണെങ്കിൽ വാബുണ്ടായിരിക്കണം ത്സ്മദിപ്പണെങ്കിൽ അരിഫോണ്ടല്ലേ അല്ല ബാബുണ്ടാണ് ബാബുണ്ടല്ലോ അല്ലെ ബാബുണ്ടല്ലേ അബുഖാന്നല്ലേ എല്ലാ അല്ലെങ്കിൽ മുത്തലിഫാണെങ്കിൽ നമ്മത്തുണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്കുണ്ടല്ലേ വക്കാലത്തല്ലാർ നമ്പിയ അൽ ഉലമ്മെന്ന് അലിഫുലാം കൊടുത്ത് അലിഫുലാമ് വെറുതെ തന്നെ വരും വ്യാഖ്യാനിച്ചോളൂ ഇമാമതന്നെ വ്യാഖ്യാനിക്കുന്നതിന് അല്ലുലമ്മന്റെ അലിഫലാം എന്താണ് അല്ലിൽ കടന്ന അലിഫലാം അവരാണ് ആര് അമ്പിജാത്ത വാരിസ്യങ്ങൾ അപ്പൊ ഇവിടെ മുഖത്തതയിലും ഖബറിലും മരിക്കുകയാണ് വറപ്പത്തുടക്കം ചെയ്യണം അൽഫുൽ അമ്പിയാ എന്ന അല്ല അമ്പിയാദിലേക്ക് അറപ്പത്തെയാ തന്നെ മാനിറ്റയില്ലേ അവർ വരുമല്ല അപ്പൊ മറടപ്പ്റഫേനിയായി മറപ്പ് തുറഫേനിയാകുന്ന അവസരത്തിൽ എന്താകും ഹെദർ വരും അള്ളാഹുസം വരും അപ്പൊ ധൈര്യങ്ങളിൽ ആലിമെന്നുണ്ടെങ്കിൽ ആലിമ തന്നെയാണെന്നില്ലാത്ത മുക്തദാന കമറിൽ ഹെദറാക്കും അപ്പൊ ഋരമായ അമ്പിയാക്കളുടെ വാദിച്ചങ്ങള് തന്നെയാണെന്നാ കിട്ടുക മറ്റാരെ വാദിച്ചാകാൻ പറ്റൂല വേറെ ഒരാളെ വാദിച്ച് വാങ്ങാൻ പറ്റൂലെന്ന് ഹെത്ര വരുമല്ലോ പിന്നെ ഹസിർ വേഗത്തിന് എന്താ പറയാ അല്ല തന്നെയും മാത്രം വിദ്യാർത്ഥിണ്ട് അതായത് ഹസിർ എന്തെല്ലാം ഉണ്ട് താഴീനുണ്ട് ഹസുറും ഖസറും ഉണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ടല്ലോ ഹസിർ എന്ന് പറയുമ്പോ അത് എണ്ണം പരിചയാക്കു മറ്റൊന്നാലാൻ പാടില്ല അതെ ും മറ്റെ തഴിയുണ്ട് തയ്യെന്ന് പറഞ്ഞാൽ ഉള്ള സാധനം എവിടെയാണ് അല്ലെങ്കിൽ അതിലെന്താണ് പ്ലാസ്റ്റിക് എന്താണുള്ളത് അതിൽ പാലാണേ എന്ന് പറഞ്ഞ ചായ അല്ലാതെ പ്ലാസ്റ്റിക് എന്നുള്ളത് ആ പാത്രത്തിനുള്ളിൽ ഹാൻ ഈ നിറത്തിൽ മധുറൂഫ് എന്താണ് അതിൽ ചായ ആണേന്ന് പറഞ്ഞത് അപ്പൊ ചായ അല്ലാത്ത വെള്ളം അപ്പൊ നിറഫിൽ മദുറഫില് താങ്ങാക്കി കൊടുക്കാം ചായന ഒരാൾ വെറുതെ കൊടുക്കുന്നത് അത് തൂക്കമാട്ടത്തിലാണേ വേറെ ആടേം പെരതണ്ടെന്ന് പറഞ്ഞാൽ എന്താക്കും നിറത്തിന് ആ താങ്ങിനാക്കി കൊടുക്കുന്നത് അത് നോക്കണ്ടേ അനുസരിച്ചല്ലേ നീ മനിക്കുന്നു ഇവൻ ചായയാണോ പരതുന്നത് പാത്രത്തിൽ എന്താണെന്നാ വരുതുന്നത് ചായ വരുന്ന ചായ മസാല പറഞ്ഞു കൊടുക്കണം അല്ല അതിലെന്താ ഉണ്ടെന്നാ പരതുന്നതെങ്കിൽ അതിലുണ്ട് കാവന പറഞ്ഞു കൊടുക്കണം നീ പൊളിച്ചു നോക്കാനൊക്കെ ഉണ്ട ഇതാരുടേതാണോ എന്ന ഇഷ്ടാൽ എന്നാൽ ഇന്നാളതാണ് ജൈദിന്റെ അല്ല അന്നിന്റെ എന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ അച്ഛന് പലങ്ങളും അതായത് ഈ സാധനം നിങ്ങളതാണോ നിങ്ങളതാണോ നിങ്ങളത് ഇതി അതെന്റേതാ അദ്ദേഹം എന്റെ മറുപടി ഇങ്ങനെ ഉണ്ട് വേറെ ആരുതും എല്ലാം എത്രയില്ലേ ഈ മാറ്റം എന്നെക്കുള്ള മത്സൂപ്പാണ് ഗൈലന്റെ വമാനുവൻ ഇനി എന്താ പറയുന്നത് വറക്കത്തുൽ ലമ്പിയാകാണെന്ന് പറയുമ്പോൾ ഈ ഇടുത്തുകെട്ടുക എന്ന് തന്നെ വലിയ വർത്തവയെന്ന അതുകൊണ്ട് നിപൂപത്തിന്റെ മൊക്കാമിന്റെ അപ്പുറം ഒരു മക്കാമിയില്ല വമാനുവൻ അന്ന പോലെ ആ റുത്തുമ്പത്തെക്കൊന്നും ബൂബ നിബൂപത്തിന്റെ മേലെ വൃത്തുമില്ല ഏത് ബുദ്ധത്തിന്റെ മേലെ വിശാലത്തുണ്ട് പക്ഷെ വിശാലത്തിന്റെ മൂപത്തം ബന്ധപ്പെട്ടല്ലിടക്കുന്നു അതെ وَنَشَرَ فَوقَ شَرَفِ الْغَرَافَةِ لِتَرْكُ الرُطُبَةِ ا نُبُوَّتَكَ اَغْنَى اَثِنَدَمَ الرُطْبَنَ وَايْثَابُكَ اَنَّ الرُطْبَنَا كَانَ بِهِ جِيْدَكَ دَغَمَ بَارِي لَلاَ وَقَالَ صَلَّى اللهُ عَلَيْهِ وَسَلَّمَ يَسْتَغْفِرُ لِلْعَالَمِ مَا فِي السَّمَاوَاتِ وَالْأَرْضِ അൽ ആലിമിന് വേണ്ടി ഇസ്തീഫാർജല്ലും ആകാശത്തിനുള്ളിലും ഭൂമിയിലുമുള്ള സകല വസ്തുക്കളും മാ എന്ന് പറഞ്ഞാൽ മുബഹമാണ് മുബുഖമാണെന്ന അവസരത്തിൽ ഇന്ന ഇനം ഇന്നത്തെ അയിനാക്കിയിട്ടില്ല അപ്പൊ അമ്മിനെ ഭഗപ്പിക്കും എനി എന്ത് പദവിയാണ് ഞാൻ പറയേണ്ടത് കാരണം അദ്ദേഹത്തിന് വേണ്ടി ആകാശത്തിനും ഭൂമിയിലുള്ളതെന്ന് പറയുമ്പോൾ മലായിക്കത്ത് ഉൾപ്പെടെ എല്ലാം വന്നില്ലേ എല്ലാവരും അയാൾക്ക് വേണ്ടി ഇസ്തീഫാർജല്ലും അയാൾ ആരായിരിക്കണം വായു മൻസിബി നസീർ വല മൻസിൻ തന്റെ മൻസിബിനാകാൻ തഷ്ടകനു മലായിക്കത്തും സമാവാസി വല്ലാർന്നി ആകാശഭൂമികളിലുള്ള മലായിക്കത്തും ചൂതാവുന്നുണ്ട് ബിൽ ഇസ്ഫാനോ അവനോട് ഇസ്തഫാർ ജല്ലാ അലഹു വസ്സലാം മാ എന്ന് പറഞ്ഞതിൽ ആദ്യമൊട്ട് മലായിക്കിട്ടുണ്ടല്ലോ ആ അള്ളാഹുത്താനി ഉൾക്കൊള്ളിച്ച് വേറെ ഹജീസന്റല്ല ഇന്നല്ലി ലാഹ വാഹുലുല്ലിഹീൻ അപ്പൊ അമ്മ ഇസ്തീഫാർ ജല്ലലെന്ന് പറഞ്ഞ് നടത്തുന്ന അന്നാലി വേറെ അള്ളഹ് ഇസ്തീഫാർ ആ മറ്റുള്ളവർ ചോദിച്ചതിന്റെ ആ മായന നടപ്പിലാക്കി കൊടുത്തിരുന്നു ഇന്നാഹുലിക്കത്തൂന അള്ളാഹു തസീം അനിയമ്പടി അള്ളാഹല്ല അപ്പൊ അള്ളാക്ക് വേറെ അല്ലെ ഈ സലാത്തിൽ എന്താണോ നമ്മളോട് തേടപ്പെട്ട മതരൂപായ സംഗതി ആ സംഗതി അന്നാകാല ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ സ്വയം നടപ്പിലാക്കുന്നു ഇന്ന ഹിക്കുമു ഷരീഫ് ഹിക്കുമത്തി എന്നുള്ളത് ഷരീഫ് ഒരാൾക്ക് ഷറഫിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ എന്ന് പറഞ്ഞ ഒരു അഹൃപരത്തിൽപ്പെട്ടവര് ഈ സയ്യിദായി നോക്കാം അയാള് ഹിക്കുമത്ത് നൽകപ്പെട്ടു ഹിക്കുമത്തുള്ള ദേശം എന്തെങ്കിലും ഹിക്കുമത്തൊന്നുമല്ല ചെറയ്യായ രൂമം അപ്പൊ അയാൾ ആരിമുമായി ചെയ്യലായ പിന്നയാളെ ചറപ്പ് പറയാനുണ്ടാവ കാരണം അസലിയും ഫിറിയുമായെല്ലാം കിട്ടിയില്ലേ അടിമകളെ ഉയർത്തുമെടുത്തേക്ക് ഹട്ടായുധിക്ക് മതാലിക്കൽ മുഴുവൻ രാജാക്കന്മാരുടെ പദവി കരസ്ഥമാക്കലേ കാലത്തും അടിമയായ വൈശൻ അടിമക്കിൽമൂലുണ്ടെങ്കിൽ രാജാക്കന്മാർ അതിനകളെ വലിയ പദവിയിലെ ഓർത്തിച്ചേർന്നു ഇതുകൊണ്ട് ഇവിടെ ഉണർത്തിയാല സമറാത്തിയാ ദുന്യാവിലുള്ള സമറാത്തിന്റെ മേലിലാണ് കാരണം രാജാക്കന്മാരെ പദവിയിലേക്ക് എത്തുക എന്നാണ് ദുഞ്ഞാവിൽ ഇല്ലാണ്ട് പരലോകത്ത് രാജാവോ പദവിയോ ഒന്നും മന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും അവിടെയില്ലല്ലോ ദുന്യാവിന്റെ സമറാത്ത് പോലും ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത് വമ ആലോമൻ അത് ഞാനോട് മുമ്പ് തിയാസാക്കിയെന്ന് അന്നൽ ആഹത്തെ സൈധം ആഹ് പിന്നെ അതിനകാണ് സൈധം അബുക്കയുമാണല്ലോ ും രണ്ട് കാര്യം മുനാഫിക്കിന് ഒരുമിച്ച് കൂടില്ല എന്നാ പറഞ്ഞത് ഒന്ന് ഹസു നല്ല നടപടി മീനിലുള്ള പ്രകാഹത്തിൽ ഇത് രണ്ടും കൂടെ മുനാഫിക്കിന് ഒരുമിച്ച് കൂടില്ല ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ കിട്ടൂലാണ് രണ്ടും കൂടെ കിട്ടിയ മുനാഫിക്കോ ആവുകയും ചെയ്യില്ല അതുകൊണ്ട് അതിനെന്താ ആ കലാമ ഇതിനെന്താ എതിലുള്ളത് മുനാസത്തിൽ രണ്ടും കൂടെ ഒരുമിച്ചുകൂടാന്ന് പറഞ്ഞത് കൊണ്ട് ഒന്ന് കിട്ടിയാലും മുനാസിക്ക് ആവൂലെന്ന് ചോദിച്ചോ ലാ യക്കൂനാണിന് ലഭി എടുത്തേക്കാന്ന് രണ്ടും കൂടിയാ ലസി പുല്യവാഹിനേക്കല്ല ലസി പോകും അത്തരം ഊപ്പറത്തെ സംശയം മുനാസിക്കായ ആൾക്കെവിടെ നല്ല പാണ്ഡിത്യം കണ്ടിട്ടുണ്ടല്ലോ ഈ പറയപ്പെട്ട പാണ്ഡിത്യല്ല ഓണിക്ക് ഉള്ളത് എന്ന് മനസ്സിലേക്കൂടാ ഈ ഉദ്ദേശിക്കുന്ന സിക്രീദ്ദീൻ എന്ന് പറഞ്ഞ പാണ്ഡിത്യ അല്ലത് ഓണിലുള്ളത് വേറെന്തോ ലഭുതിയായ കുറേ ഇവർ അത് ഡിസ്രിക്കാരനും കാമ മുഞ്ചിതുണ്ടാക്കിയേ ദിവരെ എന്തെല്ലുമുണ്ട് ലോക വിവരം പിടിയിലുണ്ടാക്കുന്ന ആളില്ലേ അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത് പത്താഹത്വം പിന്നീന്നു വേറൊരു കാര്യം ഈ കാലത്തുള്ള ചില പണ്ഡിതന്മാർക്ക് വല്ലാതെ നിസാഖ് കണ്ടതിന്റെ പേര് നീ ഹദീസ് കെറ്റാണ് ഹരീത്തിനെതിരെ പുലർന്നു എന്ന് നീ വിചാരിച്ചു പോലെ നീ ഈ മൗലാർത്ഥയിൽ കണ്ടിട്ട് മനസ്സിലാക്കിയൊരു സിഖ് ആ സിഖ്ഹ അല്ല ഹരീസിൽ ഉദ്ദേശിക്കപ്പെടുന്ന സിഖ് പിന്നെന്താണ് കൊച്ച കേനൽ സിഖ് അൽ സിഖ്ഹിന്റെ മാണ് ഞാൻ വയ്യ പറഞ്ഞുതരാം അൽഫിഹിന്റെ മേല അതല്ല ഇന്നോട്ട് ഈ തരം വരുന്ന പറഞ്ഞു വാദനാ ഇവിടെ പറയട്ടെ അൽഫുഖിന്റെ മാന വിശദീയമായിട്ട് വേറെ പറയാൻ എന്ന് പറഞ്ഞ അൽഫിഖി ഏതാന്ന് ഒന്ന് ഒന്ന് ഇദാഹാരത്തിന്റെ മസാല മാത്രമാണോ അതീത പൊതുവോ എല്ലാ ചരിത്രം പൊതുവോ ഏ തസവപ്പ് ഇന്നത് സിക്തീ അന്നൊക്കെ ഉണ്ടാക്കാൻ അടുത്ത കാലം സിലബസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയ ഓഹരികളാണ് ഇതെല്ലാം അതീസിനെ കൊണ്ടുപോയി ചുമക്കേണ്ടി ശേഷം വന്നേ അക്കാദമിക്കാരുടെ ഇസ്ലാഹമുണ്ടല്ലോ ഈ ഇസ്തലാഹം കൊണ്ടുപോയിട്ട് അതീ സിമ ചുമത്തി അതീസിനെ ഇയാൾക്ക് എനിക്കല്ല വേണ്ടത് ഏറ്റവും ചുരുങ്ങിയൊരു ക്വാളിഫിക്കേഷൻ വേണ്ടത് അഞ്ചാന എന്നെങ്കിലും അയാൾ അറിഞ്ഞിരിക്കണം എന്നാൽ മിനിമം ഫിക് അയാക്കുണ്ട് അന്നൽ ആ കൈറും ഈ ഒറ്റ മാരിഫത്ത് തന്നെ ഇതാ സതകത്ത് അത് സാദിക്കായിട്ടുണ്ട് വിവാഹി അവന്റെ മേൽ വാലിഫുമായിട്ടുണ്ടെങ്കിൽ പിന്നെ നിസാസുണ്ടിയാവും പോയ വഴി ഉണ്ടാവില്ല എന്നാ പറഞ്ഞു അതുകൊണ്ടന്നെ അന്ന് മുനാഫ് എഴുതിച്ച് കൂടുതലെന്ന് പറഞ്ഞു وقال صلى الله عليه وسلم قال صلى الله عليه وسلم المؤمن العادي الذي يحيي ذي له نفع جنങ്ങളുടെ கூட்டത്തിൽ നിന്ന് ഏറ്റവും അഫലനായ ആൾ ആരാണെന്നറിയോ ഒരു മുഅ്മിനായ ആളിമായ മുഅ്മി അയാള് അയാനിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരും എന്നല്ല അല്ലാർക്ക് നൽകേണ്ട ഉപകാരമുണ്ട് ഇനി അയാൾ ആർക്ക് ആവശ്യമില്ലന്നേ ഓർ പോരത പണിയുണ്ട് ഓർ സമാനും ഓർ സമയവും വെച്ചിടിക്കാൻ ഓർക്ക് ഓർതായ പണിയുണ്ട് ആർക്കും ശല്ലയല്ല ഒരു ബുദ്ധിമുട്ടില്ല അവർക്കൊന്നും അൻപു അവനെ തൊട്ട് ആർക്കും ആവശ്യമില്ലേ എന്നാ അകനും അവന്റെ നഫ്റ്റനും അച്ഛനാ തൊട്ട് കന്യാക്കിയിട്ടുണ്ടോ ഉറവായ പണിയുണ്ട് ഈമാൻ എന്നുള്ളത് ഒരു നഗ്ന വസ്തുവായി സങ്കൽപ്പിച്ച് അപ്പൊ അതിനൊരു വസ്ത്രം പാടാം എന്താ വസ്ത്രം കൊടുക്കേണ്ടത് തക്കവയാണ് അതിന്റെ വസ്ത്രം കൊടുക്കേണ്ടത് അപ്പോൾ നഗ്നായ സാധനത്തിന്റെ വസ്ത്രമാണ് സ്ഥാനത്തായി തക്കുവ കാരണം തക്കവനെ ലിബാസിനോടാണ് ഭൂമി ചമ്പത്തേണ്ടത് വലിബാസു തക്കുവസംബഹിഹിയെ മുത്തമ്മയിലേക്ക് ലാഫത്താണ് ലിബാസു തക്വ തക്വയെന്താക്കി ലിബാസിനോട് കശ്മീ ആക്കിയിട്ട് മുത്തമ്പഹ് മിഹീന മുത്തമ്മയിലേക്ക് ലാഫത്താക്കിയതാണ് വദീനത്തു അതിനുള്ളൊരു ദീനത്തുണ്ട് വസ്ത്രം ധരിച്ചാൽ പോരാ അതേക്കുറിച്ച് ആഭരണവും ദീനത്തെല്ലും പല്ലേ ബറോ മുൻപൊടുത്തുണ്ടായിരിക്കില്ല നേരത്തെ പറഞ്ഞില്ലേ ഒരു ഈശ എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു ഈശ എന്ന് ഉണ്ടെങ്കിൽ അവിടെ അസീനാസങ്ങളുണ്ട് ഇനി വ സമറത്തുഹു പിന്നെ ഇൽമിന്റെ സമരത്വന്ത സമരത്വ ഇൽമമാണ് അപ്പൊ ഇൽമിനമാനിന ഒരു മരമായി സങ്കൽപ്പിച്ചാൽ അതിന് സമരത്തിന് വേണം ഇൽമ് വേണമെന്നു ിൽ നിന്ന് ഏറ്റവും അടുത്ത ദർജക്കാരാണെന്നറിഞ്ഞോ അഹുദുൽ ജിഹാദിന്റെ അഹിവാദമാണ് ജിഹാദ് എന്ന് പറഞ്ഞാല് അപ്പൊ ആയിക്കിടിക്കുന്നത് അസ്തയില്ല ജിഹാദിന് പ്രത്യേകം അയനുണ്ട് ആ ജിഹാദ് അസബറാണോ ഉദ്ദേശിച്ചത് അക്ബർ ആണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ ആടെ വ്യാഖ്യാനം കണ്ടെത്തണം എൽമിന്റെ ഹാനി കാറെ കൂട്ടത്തി ചേർത്ത് പറയുമ്പോൾ ജിഹാദുൽ അക്ബറിന്റെ ഹാനുകാർ എന്നാ മനസ്സിലാക്കി മറ്റേ കൂട്ട് പൈക്കടിച്ചിട്ട് കത്ത മൂന്നുകൂട്ടറത്തിന് മൂന്ന കട്ടുണ്ടരി തോൽപിച്ച് ആരാ ഇല്ലെന്ന് പറഞ്ഞ് അതിന് പകരം ഉണ്ടോ വന്നിട്ടുണ്ട് പേര് ഉള്ളൂ പിന്നെ പോലീസ് കാണില്ലെന്ന് പറഞ്ഞ് അവസാനം കാണൂലെന്ന് പറഞ്ഞ പോലീസ് കൊണ്ട് കെട്ടിത്തോക്കി അതിലടികൊടുത്തു പോലും അഞ്ഞൂറ് അടി എണ്ണിങ്ങിന് പോലും അഞ്ഞൂറ് അടി അബോധാവസ്ഥയിലാണെന്ന് പറഞ്ഞു കാണാത്ത കാര്യം പഠിപ്പിച്ചവർക്ക് തൊഴിലെടുക്കാൻ പഠിപ്പിച്ചൊടുക്കുന്ന പഠിപ്പിക്കാം അല്ല ആദ്യം ചെയ്യേണ്ടി അതെല്ലാം ആയിക്കഴിഞ്ഞാൽ അന്നതന്നെ എന്താക്കും വേണ്ട പോലെ സഹായം ചെയ്തോളൂ ഒരു ഹിന്ദും വരെയുള്ള ആറസ്തും വരില്ല അമ്മ അഹി എന്താ ിൽമിന്റെ ഹലുകാറും ജിഹാദിന്റെ ഹലുകാർ എന്ന് പറഞ്ഞ എന്താന്ന് പറയുന്നത് അതാ ജിഹാദും ഇപ്പൊ രണ്ടിനും ഷാമിലാക്കുന്ന രീതിയിലാണ് ഉപ്രമുണ്ടോ ഇൽമിന്റെ ഹലുകാർ ഉണ്ടാക്കും എന്ന് പറഞ്ഞോ കൊണ്ടുവന്ന കാര്യം എന്താണെന്ന് അവർ വിരാഖ്യാനിച്ച് മനസ്സിലാക്കി തരും അപ്പൊ അതെ അവരുടെ തൈപ്പ് കൊണ്ടുണ്ടാക്കും ഒരു മുജാന്നിടത്തും മുർസലീങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യത്തിന് ഒളിവാക്കി തന്നെ തടസ്സമെടുക്കുന്ന തടസ്സം സ്വീകരിക്കില്ലാമെന്നും അപ്പൊ ഒന്ന് അവരെ സഹായിച്ചു കൊടുക്കുന്നതാണ് ഒന്ന് കൊണ്ടുവന്ന് ലക്ഷ്യം പൂർത്തിയാക്കുന്നതാണ് وقال صلى الله عليه وسلم بينو لموت قبيلهن ஒரு قبيله മുഴുവനും മരിച്ചു തുടങ്ങിയാണ് അല്ലത് ഐതറു അത് নিশാരമാണ് مين മൗസി ആലിമീൽ ഒരു ആളിമ മരിക്കുന്നതിനേക്കാൾ ഒരു ആളിമ മരിച്ചു പോയാൽ നല്ലതാണ് ഒരു ഖബില ദേഹിച്ചു മരിച്ചു നടന്നാലും കാര്യമില്ലാണ് وقال عليه الصلاه والسلام ان ما حضنكم ما حضن الذهبي فيمتي بخيارهم في الجاهليه خيارهم في الاسلام اذا فقوها النا ജനങ്ങള് അവരെ ആ ശർത്തിനെ പറ്റിയാ പറയുന്നത് അവരെ തറവാട്ടും ഇപ്പൊ അതിന് നോക്കിയിട്ട് വേറെ ഷർപ്പുണ്ടല്ലോ അത് സ്വർണം വെള്ളി പോലെയാണ് എന്ന് വെച്ചാൽ സ്വർണത്തിന് അമൂല്യമായ മഹാതിരികളുള്ള ഇവരുണ്ടാവുമല്ലോ ക്രൈശ്യയിലെ മനുഹാസിമാരാണ് മഹാദിനി തഹബ് എന്ന് പറഞ്ഞു പോന്നിരിക്കുന്നത് അറബികളും അജിലികളും നോക്കിയാൽ അറബികൾ മഹാദിനമെന്നും അടിമകളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് നബീസ് അല്ലാതെ ദിവസം നമ്മുടെ കുടുംബബാരം കുറയ്ച്ച് ആവുക എന്നുള്ളത് അതിനൊക്കെ ചെറുപ്പ് കൂടി അതിൽ തന്നെ വനോഹാസ്യം വായിക്കഴിഞ്ഞാൽ അതിനൊക്കെ ചെറുപ്പ് കൂടി അപ്പൊ സഹബ കില്ലത്ത് പോലെ അപ്പൊ ഒന്ന് സഹഭാഗം ഒന്ന് കില്ലത്തായിട്ടുണ്ടാകും അവർ ഉണ്ടാക്കി ജാഹി കാലത്ത് ആ രീതിയിൽ അങ്ങനെ നിന്നത് കാരണം ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ പദവി കാരണം അപ്പൊ ഇസ്ലാമിൽ അവർ ആരായി കോയശികൾ ഇപ്പൊട്ട ഒരാൾ മുസ്ലിമായാൽ ആ ചിറപ്പോ കൂടി ആരെ നിലനിൽക്കുന്നുണ്ടാവും പക്ഷെ എന്തു വേണം ഇസ്ലാമില്ല ആ ചിറപ്പിൽ സ്ഥാനം വേണമെങ്കിൽ ഇതാ ഈ കിന്നത്താ ഒരാളെന്താകും പാണ്ഡിത്യം ഇല്ലാത്ത ദഹബിനെ കണക്ക വിശ്വസിക്കും ചിലപ്പോ ദഹബുമായിട്ടുള്ള കിന്നത്വ ആഘാട്ടങ്ങളുടെ പൂർവ്വം ചെമ്പായ ഓ ഇസ്ലാമിനെ കടന്നു വന്നപ്പോൾ അവരാരായി അസീഹായി മാറി സഹിഹായി മാറിയാൽ ജാഹീരായ ഡി ം കയ്യാമന്നാളിൽ തൂക്കപ്പെടുന്നത് ഉപയോഗിച്ച മഷി ആരോടെങ്കിൽ അഭിസ്ുഹദാ ശുഹദാച്ചന്മാരെ ചോരയുമായിട്ട് തൂക്കൊപ്പിക്കും ഇവർ എത്ര മഷിയൊരു ചിലവാക്കി മറ്റോർ എത്ര ചോരൊഴുക്കിയും നേരത്തെ അഹിലോ ഒഴുകിയാൽ നേരത്തെ ബുദ്ധിമുട്ടുണ്ടല്ലോ ഇവരെ പെണ്ണിൽ നിന്ന് എത്ര മഷിയാണ് ഒഴുകിയത് നീനന് വേണ്ടി മറ്റോർ വെക്കുന്ന എത്ര ചോരൊഴുക്കും ഇത് രണ്ടും കൂടെ തൂക്കം നോക്കുന്നു ഹീതൻ എന്റെ ഉമ്മത്തിന്റെ ആവശ്യത്തിന് വേണ്ടി എന്താക്കി ഒരാൾ നാൽപ്പത് ഹദീസ് കാണാപ്പാടാക്കി നാൽപ്പത് ഹതീ തന്നെ ആയിരിക്കണം എന്തോ ഉണ്ടാക്കി അറിയുന്നും പോരാ എന്തൊക്കെ നാൽപ്പത് കാണാപ്പാടാക്കിയെന്നും പോരാ ഇത് വെച്ചുകൊണ്ട് എന്താക്കിയിട്ടുണ്ട് നാൽപ്പത് ഹദീസ് ഓരോ പണ്ണിന് നാൽപ്പത് നാൽപ്പത് നാൽപ്പത് അറുപഹിനാക്കി ഒരുമിച്ചു കൂട്ടിയായി മാങ്ങിക്കുന്നു അതിന് അമ്മ ഓതരുമില്ല ഒത്തിക്കിക്കൊടുക്കരുല്ല അതാരെ എന്താക്കി തിരിയണം ഹദീത്തിന്റെ തനത്തേട് ഞാൻ തിരിയണം അത് സഹീഹാണോ എല്ലാണോ എന്തെങ്കിലും തിരിയണം ഏത് ഇമാം നവീത നാൽപ്പത് അതീതാണോ അത് ഒരു വിഷയത്തിൽ മാത്രമല്ല പല വിജയങ്ങളും ദീനന്റെ എല്ലാ ഉസൂണും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ അത് ശരിക്കും വന്ന് ഇമാം നവതീതങ്ങളെ നാൽപ്പത് അതീത് വരുമെന്നെങ്ങനെയാണ് ആദ്യം ജവാമികത്സരിമായ ഹദീത്തുകൾ എന്താക്കി എന്നറിയോ മുപ്പത്തി എത്രയാണ് മുപ്പതാമത്തെണ്ടായിരുന്നു ആദ്യം ഇബിന് സലാഹ റബി അള്ളാഹിനാണ് ആദ്യം ആ ക്രോഡീകരിച്ച അട വെച്ചത് അത് വെളിച്ചം കാണാതെ കണ്ടാടെ നിന്നപ്പോൾ ഇബം നബി റബിയുള്ള അതിനെന്താക്കി നാൽപ്പത്തിരണ്ടിലേക്ക് എത്തിച്ചു അർദ്ധയിനല്ല നൃത്യം പറഞ്ഞു നാൽപ്പത്തി രണ്ടാന്ന് അപ്പൊ പത്തെണ്ണം ഊബറുണ്ടാക്കി അഡീഷണൽ ആക്കി ചേർത്തിട്ട് അതിന് നവീംബർ മാസം നാൽപ്പത്തിരണ്ടിലേക്ക് എത്തി അപ്പൊ ആദ്യം തലമുറങ്ങുന്നബിന് സ്ഥലമായി അതേ മായ വന്ന ചെറുത് വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് അതും കൂടെ പോരാതെ വന്നപ്പോ താ എട്ടെണ്ണം കൂടി ആര് കൂട്ടി ഇബിന റദബുൽ ഹംബലിയും കൂട്ടി അപ്പൊ അമ്പതായി ഈ അമ്പതെണ്ണം കൂട്ടിയിട്ട് ഇബിന റദ്ദുൽ ഹംബലി ജാമ്യം ഒരു വിവഹിക്കും എന്ന് പറഞ്ഞിട്ട് സുപ്രസിദ്ധമായിട്ട് അറഹിയിട്ടുണ്ട് ആ നാൽപ്പത് എല്ലാം ലോകത്തിലുള്ള അധീത്തിന്റെ കിതാബുകളെല്ലാം പോയി കഴിഞ്ഞാലും ഇത് മാത്രം ബാക്കിയാൽ ഇസ്ലാമിന്റെ അച്ഛനും ബാക്കിയാക്കാൻ അത് പറയുന്നവർ ജാമ്യം വഹിക്കണം അതന്നെ ആ ചറഹി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചറഹി റബ്ബി ആദ്യം ഒരു ഹദീത്ത് കൊണ്ടുവരും ഈ ഹദീത്ത് കൊണ്ടുവന്നാൽ ഈ ഹദീസിന്റെ മഴ വരുന്ന എന്തെല്ലാം തെരീക്കുകൾ വന്നിട്ടുണ്ടോന്ന് ഊപ്പർക്ക് അബ്ദി പട്ടിടത്തോളം തെരീക്കളെല്ലാം എന്നിട്ട് ഇതിൽ ഇല്ലാത്ത കരിമത്തുകളെ കൂട്ടിയിട്ട് തന്നെ എല്ലാം വികസിപ്പിച്ചിട്ട് കരിമത്തെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്താ ഹദീസിന്റെ മതിമുഖം കിട്ടി ആ കിട്ടിയതിന് വിശേഷം ഉണ്ടാക്കും ഈ ഹദീസിന്റെ മഴയൊക്കെ ഒത്തുകൊണ്ട് ആ രാസുകൾ വന്നിട്ടുണ്ടോ എന്നാണ് ഊപ്പർ വെക്കുന്നത് അപ്പൊ കുഹാനും ഹബീസും കൂടെ ഒരു പോയിന്റിലേക്ക് എത്തിച്ചു അതിനുശേഷം ഇത് രണ്ടിനെയും കൂടി എന്താപ്പോളായ മഹാന്മാരും അയിമത്തുകളും പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ കൂട്ടി കുട്ടിച്ചേർത്തു അയിമത്തിന് ഇതിൽ എന്ത് മസ്തലം പിടിച്ചെടുക്കാറുണ്ടെന്ന് വേർതിരിച്ചു ഷാഫി മാമിൻ എന്തുണ്ട് അഭോജി മാമിൻ എന്തുണ്ട് അയിമത്തിന് അക്കായത്തിന്റെ വിലമായിരുന്നെങ്കിൽ അത് പിടിച്ചു ചരിത്രക്കാർക്ക് പിടിക്കാറുണ്ടെങ്കിൽ അത് പിടിച്ചു റത്തോപ്പിന്റെ ഹരികാർക്ക് പിടിക്കാറുണ്ടെങ്കിൽ അത് പിടിച്ചു ായ ലോകത്തിന്റെ പ്രയോഗങ്ങൾ മനസ്സിലാക്കേണ്ട സംബന്ധിച്ച് അത് പിടിച്ചു മസല് പറയേണ്ട മസല് പിടിച്ചു ഞാൻ എല്ലാം കൂടെ പിടിച്ചിട്ട് ഇതെന്റത് രണ്ടു പള്ളിയോ വെള്ളത്തിൽ ഇഷ്ടംപോലെ കിട്ടുന്ന ഇത്തവ് പിന്നെ അതിന്റെ കൂടെ ചരിത്രങ്ങൾ പറയാനുണ്ടെങ്കിൽ ചരിത്രങ്ങൾ പറയും ജാമ്യമുള്ള പിന്നെ ഗ്രൂപ്പ് വരെ ഉണ്ടാ ചിലപ്പോ നിങ്ങൾ സംഘടനയിൽ പുറത്താക്കുകയും ചെയ്യും അതോ ഓർമ്മിച്ച് നോക്കണം ഇവിടെ കാരണമുണ്ട് ഇവരെ ചെപ്പം നമ്പര് ഇതിന്റെ ടീമിന്റെ കാലത്ത് ജീവിച്ചാളോ ആദ്യത്തെ ജീവിച്ചാളാകുമ്പോ സപ്രെങ്കിലും ആദർശത്തിൽ കൂടിയിട്ടില്ല ഇവിടെ ടീമിന്റെ പോയിനി മൂന്ന് മാസം ഒക്കെ കൂടി നോക്കുമ്പോഴെ വാദം പോലെയാണ് അവസാനം ഇവരെ തർക്കം പോകുന്നത് സർക്കാരിന്റെ അവസാനം രാജി വെച്ച് കലമ്പ് കിഞ്ഞിട്ട് കീഞ്ഞ് വന്ന് അതിന്റെ വാദങ്ങൾക്ക് എല്ലാം റദ്ദെടുത്തിയിട്ടുള്ളൂ ടീമിന്റെ വാദങ്ങൾ കളിക്കാനേ ഇന്ന ഇന്ന വകുപ്പിൽ കൂടി റദ്ദാന്നും പറഞ്ഞിട്ട് ഓഫറായതിനെല്ലാം എന്നിട്ട് പറഞ്ഞു മൂന്ന് മാസം കൂടിയത് ഇത്തരത്തിലുള്ള പൊള്ളിനെ റദ്ദെയ്യാനുള്ള ചാൻസായി കിട്ടിപ്പോയി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഓറ് പോയില്ലേ നമ്മൾ കളിച്ചെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം നമുക്കതിപ്പം കാര്യമാണ് ഭാഗ ഘട്ടങ്ങളിപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് ഓർക്ക് ശൂന്യത്തിന് രക്തമുണ്ടോ മരിച്ച ആളെ രക്തം പരിശോധിച്ചാൽ റിസർട്ട് കിട്ടുവാപ്പത് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഇതിൽ മാറ്റിട്ട് കൊടുക്കാൻ പോയി രക്ത ഗ്രൂപ്പ് കൊടുക്കാൻ ഞാൻ ഈ ഇനീഷ്യലിലാണ് അക്കാലത്ത് ഇനീഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് പല ആ ജീവിതകാലത്തല്ലേണ്ടാക്കിട്ടുണ്ടായില്ല ഇല്ല ഇല്ലെന്ന് നോക്കാൻ ഉറപ്പാത്തായിട്ട് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇണ്ടാക്കിയ ഗ്രൂപ്പിൽ ഉറങ്ങിയെന്നൊക്കെ അതിപ്പിന്നെ ഇബ്രാഹിം അലി ഇസ്ലാം ഞാൻ ജഹൂദ് യാൻ എസറാണിയാന്ന് വാദിച്ച വാദം പോലെയുണ്ട് ഇബ്രാഹിം അലി എസ് കഴിഞ്ഞു ജഹൂദി നെസറാണി ഉണ്ടായത് എപ്പാന്ന് സൗറാഫ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് കുറെയാൾ അറങ്ങി കഴിഞ്ഞതിന് അതിലാ എന്താ പറയുന്നത് മാതാണി ഇബ്രാഹിമോ യഹൂദിയും അതിനെങ്ങനെ കൊടുക്കാന്ന് അയ്യത് നസമുടാന്ന് രീതി എങ്ങനെയാണ് ശേഷം വന്ന ലായ്ക്കായ പാർട്ടിയിൽ മുങ്കി അഴിഞ്ഞ മുത്തക്കത്തിമെങ്ങനെ കൊടുക്കാന്ന് ഉണ്ടല്ലേ മമ്പത്ത് തങ്ങൾ നമ്മളെ വാത്താന്നല്ലേ അതല്ലല്ല നമ്മ മമ്പതങ്ങളെ വാർത്ത എന്ന് പറയും അപ്പൊ ഇവിടെ മത്തുമ്പോഴെ മറ്റോർ താബിയാക്കല ഇനി കുറച്ചൊക്കെ അവിതമ്മ നമ്മളെ അപ്പൊ ഒത്തുമാരായി പോരാക്കന്മാർ ബാക്കിയെല്ലാം ദാവി അഹങ്കാരൊത്തങ്ങൾ തന്നെ ഉണ്ടായി നാൽപ്പത് ഹതീതൊരുപാട് ക്രോടീകരണങ്ങളുണ്ട് സിക്കിങ്ങിനെ മാത്രമുണ്ട് ഒതുവിന് മാത്രമുണ്ട് ജമായത്തിന്റെ പൊന്നാവിൽ പറയാൻ വേണ്ടി മാത്രമുണ്ട് ഈമാൻ കാര്യത്തിൽ മാത്രമുണ്ട് ആസനം മാത്രം വ്യാഖ്യാനിക്കാൻ വേണ്ടി നാൽപ്പതാദീറ്റുണ്ട് കേയാമനാള് മാത്രം വ്യാഖ്യാനിക്കാൻ വേണ്ടി നാൽപ്പതാദീറ്റുണ്ട് സിലാപത്തിൽ ആ സിലാപത്തിൽ കൂറാണ്ട് പന്നാവിന് മാത്രം പറയാൻ നാൽപ്പതാധിതണ്ട് വിക്രത മാത്രം പറയാനുള്ള നാൽപ്പതാധിയിട്ടുണ്ട് എത്ര പാടം ബൈനിയാത്ത എത്ര എത്ര ഞമ്മക്ക് വേണ്ടി ഞമ്മക്ക് ഉണ്ടാക്കാനാണ് എല്ലാം കൂടിയതാണ് ആ എല്ലാം കൂടെ ജവാമി രൂപമാണ് എല്ലാ പന്നും ആ ഹദീസിൽ ചിലപ്പോൾ കർഷകൻ വന്നിട്ടുണ്ടാവും ജാമീലുല്ലോ ഫിലിമോ ഓന്നാമത്തെ ആരത്ഭുതകരമായ കിതാബ് അതാ അങ്ങനെ മനപ്പാടമാക്കി ഹദീത് മനപ്പാടം എന്നല്ല ആ ഹൃദയത്തിൽ തന്നെ മനപ്പാടാക്കണം എന്ന് അർത്ഥയില്ല എന്നാ ഇപ്പുളി സ്വതനോട് ഹിന്ദുത്വം കിതാബ് കൊണ്ട് അടുത്താതെ ഇപ്പോൾ ഹദീസിന്റെ വസൂലി പറയുന്നുണ്ടല്ല ഹദീത്തിന്റെ ഏറാബും അതിന്റെ ഭക്തനും കസറും ലഭുത്തും എല്ലാം സൂക്ഷിച്ച് ശ്രദ്ധേയമായിട്ട് റിക്കോർഡ് ആളാക്കി വെച്ചാലും പറയല ഹാക്കുന്നു ആ രീതി തന്നെ മനസ്സിൽ പാഠമാക്കി എന്നാലും പറയല ഹാക്കിയുള്ള അത് പിഴവാകുന്നു ചെഞ്ചുപോയി ബായിക്കുമ്പോൾ അതേ പിഴവൻ ആവർത്തിക്കുന്നു എനിക്കത് മന്നത്തുന്ന രൂപത്തിലും അതെ അധികത്തിന്റെ ഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം രണ്ട് അതിന്റെ എസ് എസ് സദർ ഉണ്ട് എസ്മൽ കിതാബ് ഉണ്ട് നിങ്ങൾ ഇപ്പൊ ഞാൻ ഇപ്പം കാണാപ്പോടാം തെറ്റില്ലാണ്ട് എന്നാണ് എസ് എസ് സദറായി അല്ലേ അതിന്റെതാണ് എഴുതി പറ്റാ കിതാബ് അതൊക്കെ ഒരു ഹറക്കാത്തും വിദ്യാർത്ഥി ഇല്ലാതെ റിക്കാർഡാക്കി വെച്ചിട്ടതാണ് അടുക്കാട്ടന്റെ അടുത്തു കുറിച്ചിലുണ്ട് ഇത് അന്നേനം കടന്നുറങ്ങി ഇതിനെന്താക്കും ബട്ടാട്ട അട്ടാട്ട അതെങ്ങനെയാന്ന് ഇനി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞതിന് അർത്ഥല്ല ഇതിന് തെറ്റുള്ള കിത്ത കണ്ടുമ്പോ തെറ്റെന്നെ അങ്ങോട്ട് വായിക്കാം അതിലെങ്ങനെയുള്ളതെന്നും പറയാം ഇതൊന്നിന് മുന്നിലെടുക്കേണ്ട പണിയല്ല ആര്ക്ക് എത്തിച്ചു ഇഹിം ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ആരാകും ഷഫീ ആകും ഞാൻ അവർക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന ആളു ആകും ഇതാണ് ഹദീസ് കൊള്ളയിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രചോദനം നൽകി എന്നാണ് സുന്ദത്തിന്റെ അർത്ഥം ആരിക്കുമുള്ള അറിയാതെ ഇപ്പം സുന്നത്തിന് എന്തെല്ലാം അർത്ഥമുണ്ട് ലോകപിയായ അർത്ഥമുണ്ട് കിതാബിന്റെ മുക്കാബിലെ സുന്നത്തെന്ന് പറയലുണ്ട് ഫർമിന്റെ മുക്കാവിലെ സുന്നത്തെന്ന് പറയലുണ്ട് വിരിയാത്തിന്റെ മുക്കാബിലെ സ്വന്തത്തെന്ന് പറയലുണ്ട് അൽഫാമ് കൊടുത്തിട്ടും പറയലുണ്ട് അൽഫാമ് കൊടുക്കാണ്ടും പറയലുണ്ട് ഹസനത്തുനിന്ന് കൈത് കൊടുത്തിട്ടും പറയലുണ്ട് സയ്യത്ത് എന്ന് കൈതു കൊടുത്തിട്ടും പറയലുണ്ട് അത് അങ്ങ് വ്യാഖ്യാനിക്കും നിങ്ങൾ വ്യാഖ്യാച്ച് ക്ലാസ് എത്തണം കഴിഞ്ഞു പോയി അപ്പൊ ഇതെല്ലാം ഇപ്പോഴും വാഴുവരാതിന് നല്ല അടുത്തിടെ കൂട്ടി വെക്കുന്നു അത് അതേ അർത്ഥത്തിൽ മറ്റൊരു ഹരീദാണ് അദ്ദേഹത്തിനെ ഫക്കീഹായിക്കൊണ്ടും ആയിക്കൊണ്ടും അള്ളാഹു താല കണ്ടുമുട്ടി എന്നാ പറഞ്ഞത് അപ്പോൾ സക്കീഹും ആര്യമാകാൻ പറ്റുന്ന തരത്തിലുള്ള അടിയിട്ടാണ് അതിൽ ഇരിക്കേണ്ടതെന്ന് വരും കൊണ്ടു കൊടുക്കുന്ന രീതി എന്തെങ്കിലും നാപ്പടുത്താൽ പോരാ സീനും ആരുമയൊക്കെ അർത്ഥത്തിൽ ഒന്ന് ആമ ഒന്ന് ഫാസ്വാ നൂപ്പറങ്കിടെ കുറെ കട്ടം എത്തുമ്പോ വ്യാഖ്യാനിക്കുമ്പോ സിഖ് എന്നുള്ളത് ഹാസ് ആയിട്ടാ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഹാസിന്റെ നമ്മൾ ആമത്തെ എല്ലാം രണ്ടും മുസാബിയാണോ ഇസ്ലാമിൽ അറിയപ്പെടുന്ന ഇൽമും ഈ ഫക്കഹത്തും അപ്പൊ ഈ ബക്കീഹുബുദ്ദീനുള്ള ആടോ ആയിട്ട് കൊണ്ടുപോകുന്നു ദീനൽ അനിവാര്യമായ എല്ലാ ഇത്മുണ്ട് അള്ളാഹുദീന്റെ ഒരാള് അറിവ് കരസ്ഥമാക്കാൻ പാറും ഫിറ്റ് പഠിക്കണം എന്ന് മാത്രമല്ലയും നിശ്വാസിയോ പിന്നെ കുത്തുപ്പന്റെ വാശിയും ഇങ്ങനെ കുറച്ച് കുറച്ച് വിക്തി പഠിച്ചു നീങ്ങാന്നല്ലീസു ഫിദ്ശ്യമായ എന്തെല്ലാം ഇരുമുണ്ട് എല്ലാം പറ അതിനായിട്ട് ഇറങ്ങിയാല് പിന്നെ അവന്റെ ചെലവിന്റെ കാര്യം അല്ലേറ്റാ പറയും അവനെ ഹമ്മിലാക്കുന്ന എന്തെല്ലാം കാര്യമുണ്ട് എല്ലാം വന്നാഹു താലം അവൻ കയറ്റെടുത്ത് നടത്തലാന്ന് അപ്പോൾ അറിയാത്ത ഭാഗത്തിൽ കൂടെ അധികം കൊടുക്കും ഇതിൻ്റെ ചിലപ്പോത്തോട് പറഞ്ഞു ദർശാർത്ഥിക്കാം ശമ്പളം വാങ്ങണ്ട ശമ്പളം ചോദിക്കും വേണ്ട പറയും വേണ്ട എന്റെ നിലവിൽ ഞാൻ നിലവിലായി കൊണ്ടുപോയി ദർശിക്കാഹിം ഇഹീം വൊഹി ബുക്കുല്ല അലീം ഞാൻ അലീമാണ് എന്താ പറയുന്നത് അതുകൊണ്ട് അലീമായ ആളാരുണ്ടോ അവനെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അള്ളാഹിന്റെ വസ്തു മുനാസപ്പുണ്ടല്ലോ തുല്യത ഉണ്ടാവില്ല മുനാഖപത്തിണ്ട് അള്ളാഹും അലീമെന്ന് വസ്തു പറഞ്ഞ ഇമനിക്കും അലീമെന്ന് വസ്തു പറഞ്ഞുകൊണ്ട് അപ്പൊ എന്റെ അഖീല ഓജിയാക്കുന്നു ഇസ്കാലിലെ സംഗതിയല്ലല്ലോ കമ്മിലും കൈഫിലും രണ്ടും രണ്ടാണ് ഖാദിത്തും കദീമും തമ്മിലുള്ള വത്യാസ എത്രണ്ടോ ആ വ്യത്യാസത്തിനനുസരിച്ചുള്ള കമ്പിനും കൈഫിലും വിത്യാസമുണ്ടെന്ന് മനസ്സിലൊക്കെ എല്ലാ പ്രശ്നവും തീർന്നുവിടെ ഭൂമിയില് അള്ളാഹു അമീനായ ആളാണ് അള്ളാഹുത്ത അമാനത്തേൽപ്പിച്ച വിശ്വസ്തനായ ഒരു ആളാണോ വകാല സൊല്ലാറും അഡി വസാം അമാനത്താണല്ലോ അമ്പാമൃസലിങ്ങൾ കാര്യമായ വസ്തു ഒരു വലിയ ഉണ്ടാകേണ്ട വസ്തു അമാനത്താണല്ലോ നിന്നാൽ കണ്ണാസ് ചോദിക്കുന്നു അവധിയാണ് എന്താ വേണ്ടത് എന്താ ഉണ്ടാകേണ്ടി ഞാൻ അവൻ അമാനത്തെന്ന് പറയുന്ന സാധനം ഉണ്ടായല്ല ഇതൊക്കെ ഉണ്ടോ അപ്പം അമാനത്തം അപ്പം സത്യസന്ധത ആ സത്യസന്ധത ഉണ്ട് മാലിന്യ സത്യസന്ധത ഉണ്ട് വാക്കിൽ സത്യസന്ധതയുണ്ട് വളരെ ഒതു കൊടുക്കുന്ന അവസരത്തിൽ ഒതുപോലെ തട്ടിപ്പൊന്നും പാടില്ല ചിന്ത ഒന്നും പാടില്ല എന്നുള്ളത് അതിന്റെ ആനത്താന്നല്ലോ മുസ്താരത്തിൽ വെട്ടിച്ചുരുക്കിച്ച് കുടുകൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ മാടത്താന്നല്ലത് ഖുറാനോതന്മാരുടെ അറ്റാമുകൾമാരിക്ക് അതിന്റെ മാടത്താമെന്നല്ലോ എല്ലായിടക്കിയല്ല എല്ലാം കൂടുമ്പോളി ഒറ്റ റിസ്പോർട്ട് കണ്ടിട്ടുണ്ടല്ലോ പരിപാടിയൊന്നുമില്ലേ ഈ മാറൊന്നും കേട്ടൊക്കെ കടന്നു ചേരാൻ പാടില്ല വിദേഹത്തുകൾ എല്ലാം പാടില്ല പരസ്പർക്കാരെ ഇടക്കിയത് കടന്നു വരാൻ പാടില്ല ഏ അതമാനത്താണല്ലോ ഞാൻ അവലിയാക്കളെ കുറെ കറാൻ പറ്റി എത്രയും വരെ പറഞ്ഞു അപ്പൊ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടുന്ന ചോദ്യം ചെയ്യാൻ അച്ഛനും സമാനത്തോന്നുള്ള ഉസ്മാനുണ്ടായി മതി എന്റെ ഉമ്മത്തിൽപ്പെട്ട രണ്ട് വിഭാഗമുണ്ട് അവർ നേരിയായെങ്കിൽ എല്ലാവർക്കും നേരിയ അവർ വടക്കായാലോ എല്ലാവർക്കും വടക്കാം അപ്പോ ജനങ്ങളുടെ നന്മയും തിന്മയും ആശ്രയിച്ച് ആരെ കണക്കാക്കി നിൽക്കുന്നു ഉമറാഹ് മൊക്കാൻ കണക്കാക്കീടെ നിൽക്കുന്നു താദിയായിക്കൊണ്ടിട്ട് ഇവറ സലാഹ് ഇവറ ഫസാദിനോട് താതിയായിക്കൊണ്ട് ഇവറ ഫുലാം എനിക്കൊരു ദിവസം വന്നു ചേർന്നു എങ്ങനത്തെ ദിവസം ആ യോമൻ്റെ സിഫത്താണല്ല അസ് ഇൽമൻ ആ ദിവസത്തിൽ ഞാൻ ഇൽമാൽ ഏർന്നില്ല എങ്ങനത്തെ ആ ഇൽമിന്റെ സിഫത്താണ് യുഗത്രിപുരിയിൽ എന്തായവതല്ല അള്ളാഹു താലാനെ കൊണ്ട് അടുപ്പിക്കുന്ന ഇൽമ് അങ്ങത്തെ ഇൽമ് ഏറാത്ത ദിവസമാണെങ്കിൽ ഫല ഗൂരി ശംസിതാലിക്കലിഞ്ഞു അന്നത്തെ ദിവസം സൂര്യോദയത്തിൽ അന്ന് വറക്കത്ത് ചെയ്തിട്ടില്ല എന്ന് വെക്കുക അപ്പൊ ജീവിതത്തിന്റെ വറക്കത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഇൽമാൽ ഏറുക എന്നു േ എന്നാണ് മർദ്ദത്തില്ല മർദ്ദനോ അറ്റുണ്ടാവില്ലല്ലോ അറ്റുണ്ടായിയാണെങ്കിൽ മതങ്ങൾക്കല്ലേ വസലുഖാത്തിൽമിനിന് അറ്റുണ്ടാവേണ്ടത് വിഭാഗത്തിനേക്കാണ് ഇൽമല്ലാത്ത മറ്റൊരു വിഭാഗത്തെ ഉദ്ദേശിക്കുന്നു ഇൽമ ഈ ഭാഗത്തിന് വന്നില്ല അല്ലെ പിന്നെന്താകും ആ സാധനം ആ സാധനത്തിന്റെ രക്തത്തിനാക്കാണ് തഫ്രീലിനെല്ലാം രക്തം കിട്ടുന്നു ലൈലത്തിൽ അതിന് ഹൈറോമിൻ നൽകി ഷെഹർ എന്ന് പറഞ്ഞാൽ ഏതായിരം മാസം ലൈലത്തിൽ അത് ഇല്ലാത്ത ആയിരം മാസം അർത്ഥം വെക്കണ്ടേ അല്ലെ പിന്നീ തുകൾ കതിലും ഒരു തട്ടിലും ആയിരം മാസം കട്ടിലും ഈ ആയിരം മാസത്തിനുണ്ട് ലൈലത്തിൽ കബലുണ്ടെങ്കിൽ ഒന്നിനേക്കാണ് ആയിരം ലൈലത്തിൽ കബലുണ്ട് ഒന്ന് ആയിരത്തിനേക്കാളും കൈവന്നല അർത്ഥം കിട്ടില്ല അപ്പൊ ലൈലത്തുൽ കവരി ഇല്ലാത്ത ആയിരം ഒരു തട്ടിൽ വെക്കുക ലൈലത്തുൽ കവരുള്ളത് ഒരു തട്ടിലുണ്ട് അതുപോലെ ഷഹീദാവിനേക്കാളും തഫദീനുണ്ട് അതിനെ തങ്ങൾ പറയുന്നത് ഇവിടെ അൽ ആലിമാരാണ് തീരെ ഇബാഗത്ത് അവനിക്ക് വാദ്യമായ ഇമാതത്ത് പോലും ഒടുക്കാത്ത മുറും ഉലർക്കാതെ അർത്ഥം വെച്ചാൽ ഇവിടെ തുളൽ തയ്യലില്ല അൽ ആമിദ്ന്ന് വന്ന അവൻ ചെയ്യുന്ന ഇമാതത്തിൽ കഴിയാവാൻ ആവശ്യമായ ഇൽമില്ലാത്ത ഒരു മുരട്ടൻ ജാഹിറിനെയും തൂക്കുന്നില്ല അപ്പറെന്താക്കറിയോ ഒരു മുരട്ടൻ ജാഹിരും ഇപ്പുറം ഒരു മുരട്ടം ഫാസിക്കും തമ്മിൽ തൂക്കലയച്ചാകും അത് കല്ലുവിലതവർക്ക് അൽ ആലിമെന്ന് വന്നതിലെന്തുണ്ട് ഒരിക്ക് വാദ്യമായ അവന്റെ മുഖല്ലെന്നുള്ള ആവശ്യമായ ഇബാതത്തെല്ലാം നടത്തുന്നില്ല അല്ലെങ്കിൽ പാസിക്കം അപ്പൊ അവിടെ പാച്ചക്കിന് തൂക്കൽ വരും ഇപ്പൊ മറുവശാന് അല്ല വിരൂ ഒന്നും അറിയാതെ ഒരു ഇങ്ങനെ ഇബാബത്തെക്കും ഇപ്പോഴത്തെ ഇബാബത്തം അപ്പൊ പാച്ചക്കിനെയും ഈ ഇബാബത്തുകാരെയും തൂക്കിച്ച് പറയുന്ന ഇവനിക്ക് പോലിച്ചിട്ടുണ്ട് എന്ത് പോലിച്ചിട്ടുണ്ട് പത്തിക്കിനാണ് അപ്പോൾ ഇവന്റെ മുഖണ്ഡായ എന്ന നിലയ്ക്കുള്ള ഇവന്റെ കടമ ആവശ്യമായ കാര്യങ്ങളൊക്കെ നടത്തി പോരുന്നുണ്ട് അതിൽ കൂടുതലൊന്നും ഇല്ല പക്ഷെ ഇൽമോട്ടാണ് ഓണിസ്റ്റി കാലി ആ അൽ ആലിമെന്ന് അല്ലാതെ ഇസ്റ്റിന്റെ അർത്ഥം കൊടുത്തത് അവന്റെ നിർബന്ധമായ കർത്തവ് കഴിഞ്ഞതിന് ശേഷം ഒഴിഞ്ഞു കിട്ടുന്ന സമയം മുഴുവനും ഇൽമെന്റ് ഇസ്റ്റി കാലുമായിട്ട് കഴിയുന്നതും അതേക്കാൾ അൽ ആബിദിത് അൽ ആബിദി ഏതാന്ന് എന്തൊക്കെ പഠിച്ചിട്ട് കഴിഞ്ഞാൽ ആകണോ പഠിച്ചിട്ടുണ്ട സമയം ഇങ്ങനെ കൂട്ടുന്നു അപ്പൊ എന്തായെന്നറിയോ നേരെ പറഞ്ഞാൽ മകൻ നിസ്കരിക്കാൻ വേണ്ടി രണ്ടാൾ ഒരുമിച്ചുകൊണ്ട് രണ്ടാളും മകൻ മിസ്കാത്തിന് അച്ഛനും പഠിച്ചിട്ടുണ്ട് മാറി നിൽക്കിച്ച് കഴിഞ്ഞിട്ട് മറ്റാൾ എന്താക്കി കൊറേ അച്ഛല്ലും പാടലും അതായത് മറ്റേ മഹമൂദ് അച്ഛൻ്റെ കിത്താബ് ദേശം വായിച്ച് തീർത്തങ്ങനെ കൊണ്ടാണ് മറ്റാള് നിങ്ങാണ് ചെല്ലെ ഞാൻ കുറച്ച് കിത്താബ് നോക്കട്ടെ കുറച്ച് ടിറ്റ് പഠിക്കാനുണ്ട് മുമ്പ് എന്താക്കി ദോഷം കിതാബോ എന്തെങ്കിലും ഹരീത്തിന്റെ കിതാബോ നിസ്കാത്തോ സഹീൽ മുഖാരിയോ ഈ എന്ന് കൊടുത്തിട്ട് ഇവർ ഇല്ലുമൊണ്ട് ചൂലാക്കി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈശ്വരൻ ചേച്ചി രണ്ടാളും തിരിഞ്ഞ് പോകുന്നു ഇവിടെ ആ താരതമ്യമിൻ ചെയ്യും വാജിപായകൻ രണ്ടാൾ നിർവഹിച്ചാളത് രണ്ടാളും കഴിഞ്ഞ അയച്ചിട്ടുണ്ട് സമയം അല്ലാതെ ഈ എസ്റ്റില്ലിൽമാണ് ഇയാള് അല്ലാതെ എസ്റ്റി വിവാദത്തെയും ദൂരലിൽ മാണിത് ഇവിടെ പൂക്കും ഏതുപോലെ എത്ര പന്നി അല അതിനാർ അതിന് മിന്നെ സഹാതി എന്റെ ഏറ്റവും ചെറിയ പടിയിൽ കിടക്കുന്ന ഒരാളുണ്ടല്ലോ അവരേക്കാൾ എനിക്കുള്ള പൊതുലെന്താന്ന് അതുപോലെ തന്നാൽ അസ്ഹാൻമാരുപെട്ട ചെറിയ പതിലൂടെയാണ് അസ്മാൻമാരുടെ പെട്ടെന്ന് റുത്തുമുൽ അക്കപ്പട്ട തങ്ങളുടെ റുത്തുമ്പേയാണ് അസഹ സുലഫാവാസിന്റെ ഉത്തുമ്പേറെയാണ് അഷറഫുംബന്റെ ഉത്തുമ അതിലപ്പറാണ് പിന്നെ അസഹാബുൽ ബദുറിന്റെ മബാല് ബദറുണ്ട് അതെല്ലാം കയറ്റി കേച്ചി കേച്ച് അവസാനത്തെ പണിയിൽ അതിനാ വെക്കി തങ്ങളെ തന്നെ തപ്പിലാക്കിയ ക്രമമനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ തടിയപ്പനുസരിച്ചാക്കിയേ പറ്റൂല അവർക്കും അവരും ഞാനൊരു ദൂക്കി എന്നാൽ എന്താണ് ഉണ്ടായത് അതുപോലെ ഇവിടെ തണ്ടാൻ ഈ നബീസ് അല്ലം നാഹരി വസ്ല്ല തങ്ങൾക്കുള്ള ഡ്യൂട്ടി എടുത്ത് യൗമുറഹം ബിൽമി അന്യാഹുമിനിൽ മുന്ന് പറഞ്ഞമ്മ നീനിന്റെ അറക്കാനകൾ ക്ലിയറാക്കി ഇൽമു കണ്ട് കാര്യങ്ങളൊക്കെ തർമീസ് ചെയ്യാനുള്ള കൈവാദം തങ്ങളിലുണ്ട് അതിനാ റജിലായ സഹാബീൽ എന്തുണ്ട് അസുര ഇബാദത്തും അസുര തെക്കവയും എല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ ഇബാദത്വമുണ്ട് അവർക്ക് ആവശ്യമായ നേരത്തെ എല്ലാ കാര്യങ്ങളും ഒത്തുകൂടുന്നുണ്ട് അതാ താരത്തിന്റെ മനുഷ്യ ഉണ്ടാക്കുന്നു എല്ലാ പറഞ്ഞിട്ടുണ്ട് താങ്കളാക്കിയത് മുഖാൻ ചേർത്തിക്കൊണ്ടാണ് കാരണം അൽമിന് ആരപാത്ത ചേർത്ത ചേർത്തത് അൽ ആബിദിനെങ്ങോട്ട് ചേർത്ത അതിനാരതിലും ചേർത്തത് അനിൽമി ഇൽമിനത്തൊട്ട് മുജർവതായ അമലുണ്ടല്ല അതിനെ വളരെ ചുരുക്കി വൈകാനുള്ള ആവിദു ആവിദ് അയാളും ഇബാദത്തിലെത്തി യുവാദിപ്പ് അറിയ അയാൾ പതിവാക്കിക്കൊണ്ടുവരുന്ന ഇബാദത്തെന്താണോ അതിനെപ്പറ്റിയുള്ള ഇൽമൊന്നും ഇല്ലാതെ കണ്ട് അയാൾ ഹാലിയാകാൻ പാടില്ല എന്നാൽ തന്നെയും അൽ ആലിമിന്റെ പദവിനെ കൊണ്ട് ഇപാട് കാത്തിൽ ഒരേ ചെറിയ മലയാളികൾ ഉണ്ടായാലും ചെറിയൊരുമനി ഇല്ലെങ്കിൽ പിന്നെ ഇയാളെ ഒത്തുനോക്കാനുള്ള വകുപ്പ് ഇല്ലല്ലോ ആ ഇൽമങ്ങാൻ ഇല്ലെങ്കിൽ എന്തൊക്കെ നിപാതത്തൻ ഇയാള് ചെയ്യുന്ന നിപാതത്വം അല്ല പിന്നെ അല്ലാബിരി തൂക്കാനും ഇല്ലല്ല കട്ടിൽ വെക്കാനുള്ളത് അതിലില്ലല്ലേ വക്കാലു പറയുന്നു അൽ ആലമിനുള്ള ഫതില് ആരെക്കാൾ അൽ ആബിദിനുള്ള പതിലിനേക്കാൾ ഏത് വരേണ്ട മറ്റൊരു താരതമ്യാണ് ഫതിലി കമർ കമറിനുള്ള പതില് പോലെയാണ് എപ്പോഴുള്ള കമർ ലൈലത്തുൽ ബദൽണ്ടെന്ന് പൂർണ്ണയന്ത്രനാകുമ്പോൾ എന്തിനൊക്കെ അപേക്ഷിച്ച് സാരി ഉൽ കവാക്കിബിനേക്കാൾ അപ്പൊ സായി ഉൽക്കവാക്കിബിന്റെ സ്ഥാനത്ത് ആര് അല്ലാബി കമർ ആര് നിന്ന് ഈ ഒറ്റ തസ്ബീഹിൽ അടങ്ങിയ ഫവാ എന്താണെന്ന് പതിമൂന്നോളം വകുപ്പുകൾ ഞാനോ ദിവസം ബഡ്ജറ്റ് ഒരു ദശ ബാന്ന് രണ്ടര മണിക്കൂർ ഇരട്ട തസ്ബീഹി മാത്രം ബഡ്ജറ്റ് കുഞ്ഞിപ്പള്ളി കാക്കാട്ട് കുഞ്ഞിപ്പള്ളി തശ്മിഹിന്റെ മുഴുവൻ തച്ച പകു മാത്രം കെടുക്കുക എന്നിട്ട് ഓരോ ഭവായി ഉദാഹരണങ്ങളും വിധാനും ബെറ്റിട്ട് മാത്രം അൽ ആലിമിന് ഈ വശത്ത് അൽ ആലിമിന്റെ അല്ലാലിമിന്റെ ഭാഗത്ത് ആരാന്ന് ലേരത്തുപതിലുള്ള കമറാന്ന് മറ്റൊരു ഭാഗത്ത് ആ രണ്ട് സാരി കവാസി പോകുന്നു വകുപ്പ് എന്താണ് ഓരോന്നില വ്യത്യാസങ്ങൾ എന്താന്ന് മറ്റുള്ള മൂന്ന് വിഭാഗം ചപ്പാട്ട് ചെയ്യും അല്ലെങ്കിൽ ചപ്പാട്ട് സ്വീകരിക്കപ്പെടും രണ്ടോ അർത്ഥം ചക്കാത്തി ചെയ്താൽ സ്വീകരിക്കപ്പെടുന്നവരും അബലായി അപലതായി ചപ്പാത്തി ചെയ്യുമെന്ന് മാത്രമല്ല സ്വീകരിക്കപ്പെടൂന്നും കൂടിയല്ല അൽ അമ്പിയാവോ തുമ്മൽമാവ് തുമ്മശ്വഹദാവ് സർദീപ് നോക്കാം ആദ്യം അമ്പിയാക്കളാണ് പിന്നെ ഉലമാകാണ് പിന്നെ അശ്വഹാക്കന്മാർക്കും ഇവിടെ നീ നോക്കിയ തൊട്ടടുത്താരത്തിന് അൽവുലമായിരുന്നു അശഹാദത്തിന്റെ മോള വെച്ചിരിക്കുന്നു ഏതോടൊപ്പം മനമാവർന്ന ഈ പതിലി ചഹാദത്തിന്റെ വാരിതായ പതില് വേറെ നീ അറിഞ്ഞു നോക്കി അതിലീ മേലെയാണ് നേരിടേണ്ടത് അല്ലുലമാന്റെ പതിവിട്ട് കുറഞ്ഞാളല്ല അതിന്റെ പൊതില് വേറെ നോക്കണം വകാലും الله سبحانه وتعالى كيبادة جيب وطرت دل الله بشيء ورشيء كنتم إنكتشيء أفضل أفضلال إلي شيء مين شكهم بالديري دين إللّا أجباء جماعة ديرنا عياتا كان عم الشمال إلمن دانو آئل أذب بروم تاغا ورماعة فروعيات الفجر لولا كنتم تشكين دين والآيات نمضى برده إلما اللمب الله ومشيطر الله إلماوي ആദാത്ത് അക്രമായ ആലാത്തുകൾ പെടുത്താന്ന് പറയുന്നത് പക്ഷെ അതുകൊണ്ട് ഇത് അവിടത്തേക്ക് എത്തിക്കുമെന്ന് കണ്ടെങ്കിൽ മാത്രം ഇതല്ലാണ്ട് ഇത് രണ്ടും രണ്ടായിട്ട് ആളുണ്ട് ഈ പാലം കെട്ടി ഇത് ആളുകടക്കാത്ത പാലാന്നെങ്കിൽ പിന്നെ അർത്ഥമൊന്നുമില്ല ഈ പാതം മനെക്കൂടെ അവിടുത്തേക്ക് എത്തുന്ന പാലാണെങ്കിലേ പറഞ്ഞു കഴിയുന്നു അതിന് അക്രമായ ആൾ അക്രമ ഇതിന് ഇപ്പം തന്നെ ആവശ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ആവശ്യമാക്കി ഭയങ്കര എന്തോര ആലത്തിനെ പറ്റി പറഞ്ഞിട്ട് ആ കണ്ടുപൊക്കെ അഭിമാനിക്കുന്നില്ല അക്റബായ ആവശ്യപ്പെട്ടാന്ന് പോലെ ഞാനിറുഖാൻ കുറച്ച് കഴിഞ്ഞാലുടെ അക്റബ അതായത് മഹാനി ബലാപത്ത് കുറച്ചും കൂടെ ദൂരത്താണ് വന്ധിക്ക് അതേ ബലാകത്ത് വിധിയുള്ളൂ പല തർച്ചകളൊക്കെ നാട്ടിലേ കൊണ്ടു കിലാപത്തിൽ കുറഹാനെന്റെ മഹാനെ ചിന്തിക്കുന്നാക്കലേ അതിന്റെ ആവശ്യമുള്ളൂ ഇങ്ങനെ കത്തം തീർക്കുന്ന ഒക്കെ ഇനി ബലാകത്തിന്റെ ആവശ്യം വരും ഒരിക്കലും അതിവിധേയമുണ്ടോ ആയിരാപതിനേക്കാൾ അന്തർക്കാല ജില്ലാതകളെ കണ്ടില്ലേ തോറ്റും ഇവിടെ എത്രയാളെ പെറ്റിച്ചവനവിടെ വന്ന് നറുറത്തിന്റെ തമ്മല്ലേ മുത്തറായത്തിലെ ഇവിടെ ഇവിടെ നോക്കിയിട്ട് മുന്ത്ര അവസരത്തിൽ വേണമെങ്കിൽ സ്വർണ്ണത്തിന്റെ വളിന്റെ പാത്രത്തിൽ കുടിക്കാലോ പക്ഷെ എന്നാൽ ലാഹിറ സൂറത്തിൽ പേര് വന്നല്ലോ സ്വർണ്ണത്തിൽ കുടിച്ചത് നോക്കുന്നില്ലെങ്കിലും അയനും കുട്ടികളല്ലി എല്ലാ വസ്തുക്കൾക്കും ഒരു താങ്കം തണലും കൊണ്ട് ഒരു ഇമാദ്ണ്ട് എന്റെ ഈ ദീനന്റെ ഇമാദ് ഒന്നുമുതൽ അങ്ങോട്ട് പറഞ്ഞ ജിക്കുക എല്ലാം കൂടെ തീരെല്ലാം കംപ്ലീറ്റ് അറിവാകുന്നു പറയും ഏടാ ഇതിന് തെക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേ ഈ സിലവസ്റ്റുകാരോ പറഞ്ഞത് കിക്ക് ഇതീത ഇത് അഖലാസ് എന്ന് പറയുന്ന ആടേക്ക് മനസ്സെത്തിയിട്ടാണ് ഇത് ആളെ കാട് കയറ്റിപ്പോയി ഇനി ഇത് രീതിയിൽ എന്താ പരിപാടികൾ സ്വന്തത്തെന്ന് പറയുമ്പോൾ തന്നെ എടുത്താൽ കോഴി ചോദിച്ചാൽ തെറ്റിയില്ലാത്ത ആ തന്നെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ എന്ത് പറയുമ്പോഴതും സുന്ദറി പുറത്തു കൊടു ആരും തന്നെ പുതിയ തീറ്റയത് മനസ്സിന് ഭരിക്കാൻ കഴിഞ്ഞാല് വേറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയൂല ആ തീറ്റെപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്നു അതല്ല അതോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം വേണ്ട കാര്യം വേണ്ടതുപോലെ ആടെ തിരിയുന്ന നിങ്ങൾക്ക് മനസ്സിനെ കിട്ടണത് ഞാനാദ്യം രണ്ട് ചെരിപ്പാട് ഓടി വെച്ചിട്ട നീതിയോടുകൂടി പോക്കുള്ള ഒരൊറ്റ ഇഷ്ടം കൂടെ എന്നെ മരിക്കാറില്ല നോക്കുകൾ കൊത്തോളം ഏതെങ്കിലും പാർട്ടി എന്നെ മരിക്കൂല ആ പാർട്ടിക്ക് ഒപ്പിച്ചെങ്കിൽ പിന്നെ പറയേണ്ടി ചെയ്യുന്നു എന്നെ പാർട്ടി നോക്കാണ്ടി നിങ്ങളുടെ ദീരിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഹൈറേതാണ് നിങ്ങൾക്ക് പതിവാക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയാൻ എളുപ്പമുള്ള എളുപ്പമുള്ള ഓരോ അയമാലുണ്ടാവും അത് പതിവാക്കുമ്പോൾ അതിനോട് നല്ല രസം ഉണ്ടാവും വലിയ പ്രയാസം തോന്നുന്നില്ല അതാണ് ധീനിലേറ്റും അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പുറത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് മറ്റേ പുറത്തിൽ ഒരു വിട്ടിവെച്ചില്ലല്ലോ ഇതിനെന്തല്ലേ പുറതി ആരും ഒട്ടിവെച്ച് കൊടുത്തിട്ടില്ലല്ലേ ഇന്നത്തെ ലക്ഷം കൊടുത്തിട്ടില്ലല്ലേ ഇന്നും പുറമു ജാതിമല്ലേ എന്ന് അതിന്റെ മറുവശത്തിന് അയവില്ല ആരാമ് ചെയ്തുകൂടാന്നുള്ളതും ജാതിമാണത് ചെയ്യാന്നുള്ളതിലും അയവില്ല അതും വിടും അത് കഴിഞ്ഞിട്ട് എനിക്കേറ്റവും നല്ലത് ഏതാണ് എനിക്കത്തില്ല ചെല്ലാൻ കഴിയാടോ എനിക്ക് പത്ത് തരാത്ത് മുടങ്ങോണ്ട് ചെല്ലാൻ കഴിയും നിങ്ങൾ പറഞ്ഞ നൂറോ ആയതെന്നും പറഞ്ഞ നൂറ്റി പതിനൊന്നാണ് എനിക്ക് കഴിയില്ല എന്നാൽ പത്ത് മുളത്താണ് കുറച്ചോ ഹൈറു എനിക്കും ഐ സറു ഇത് പൗസാക്കിന് വേണ്ടി കൊറേ ഭാര്യ വിട്ട് കൊച്ചിടും അല്ലെങ്കിൽ ചടങ്ങുകളില്ല ഇല്ലല്ല ഇങ്ങനെ പിരിവിനാകും പറയാത്തും അങ്ങനെയായി വന്നത് എല്ലാത്തിന് എല്ലാ തീർക്കത്തും വന്നു ലക്ഷമിങ്ങനെ തീർന്നും കണ്ട് മറ്റേ സാധാരണ വിധായ്മെ ചോദിക്കട്ടെ ഇവരെല്ലാം കൂടെ നിന്നെ അടുത്തേക്ക് എത്തിച്ചു ചോദിച്ചു വിവാദത്തിന്റെ കൂട്ടത്തെ ഏറ്റവും ഹൈനത ആലിച്ചു അറിവസ്ഥമാക്കണം ദിനിയായ അറിവസ്ഥി ദർജ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ കൊടുക്കുന്ന ദർജ ആരിക്ക് ആവിതായ മോമിന്റെ കൊടുക്കുന്ന ദർജയും നോക്കിയാൽ എഴുപത് ഇരട്ടിയാണ് അത് മാതൈനല്ലേ ം കസീനും പറയുന്നു രബീസംബാൻ എന്ന പറയുന്നു നിങ്ങൾ ഈ കാലത്ത് ഒരു കാലത്താണ് ആയിട്ടുള്ളത് അതക്കാത്തവരോടാ പറയുന്നു അതാ ഫുള്ള ആൾ ധാരാളം അതേ അവസരത്തിൽ കുറാകുന്നവർണ്ണ കുറാൻ ഓതെന്ന് തോന്നുന്നില്ല അതിനാ ഈ പരസ്യപ്പെടുത്തിയിട്ടിങ്ങനെ ആദ്യമായിട്ട് നട പബ്ലിസിറ്റി ഉണ്ടാവുമല്ലോ അവർ വളരെ കുറവാണ് എല്ലാ പ്രസംഗങ്ങളാണ് ഇവിടെ പബ്ലിസിറ്റിയിൽ പോയിച്ചേക്കപ്പെട്ടു എന്നും അറിയുന്ന അങ്ങനത്തെ പബ്ലിസിറ്റി അങ്ങനെ വളരെ കുറവാണ് ആ പിന്നെ കൂത്തഭാവം കുറവാണ് പ്രാസംഗികമാരായിട്ട് എല്ലാവർക്കും പ്രസംഗിക്കാനറിയാം പ്രാസംഗികമാർ എന്ന് പറഞ്ഞ പ്രത്യേകം ആണല്ല അവർ അവർക്കറിയുന്ന അവർ നല്ല നീത്തോളം നീങ്ങുകാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളാം വേണ്ടുന്നാട് അവര് ഇതെല്ലാം അധികം മേയ്ക്കി വെച്ചിന് ബാധ്യ കത്തെല്ലാം ഉണ്ടാക്കി അങ്ങിട്ടാക്കി ഇങ്ങോട്ടാക്കി അതിൽ ഒരു ഇത് ഒരു സാലഡലും ഇതെല്ലാം ഉണ്ടാക്കി അതിൽ പച്ചാളായ നിയമർത്തിക്കുന്ന തലവും പ്രാസംഗ്യമാർക്ക് കുറവാണ് ഈ പോലീസ് അടച്ചുവിടപ്പെടുന്ന ആളുകൾ കുറവാണ് സുഖ സഹ ധാരാളം സാഹിത്യങ്ങളോ വളരെ കുറവാണ് കൊടുക്കുന്ന ആൾ ധാരാളം ഉണ്ടായിരുന്നു അത് കതക്കയിലേക്കാണെങ്കിൽ ും അതൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ യാതകന്മാർ കുറവാണ് പക്ഷെ ആരൊക്കെ ചോദിച്ചാലോ കൊടുക്കാൻ ധാരാളാളുണ്ട് എല്ലാം ഇൽമെന്ന് നോക്കുകയും ചെയ്യാം കാരണം എല്ലാവരും പുസ്തഹമായതുകൊണ്ട് മറ്റുള്ളവർ പുസ്തകം ചോദിക്കേണ്ട ആവശ്യമേ വരില്ല പല ചുറിച്ചാളുകൾക്കെ ചോദിക്കണ്ടു ചോദിച്ചാലോ കിട്ടാമാത്രമുള്ള പരിഹാരം ഏതൊക്കെ മാപ്പുറുണ്ടിറു അൽമി ഇങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ഇൽമിനോട് പറയില്ല അത് ഈ അമലിന്റെ ഭാഗത്താണ് ഇവിടെ മുൻതൂക്കം കൊടുക്കേണ്ട ഇൽമിനിടെ പറയില്ല അത് നമ്മൾ അനിവ അറിയതാണ് ഇൽമ അല്ല അമല ഇനിയോ വസുത്തി അലന്നാസിൻ ഇനി ഒരു കാലം വരുന്നുണ്ട് കലയിലും പൊക്കഹാവോ പൊക്കഹാവ് വളരെ കുറവ് ചെല്ലിപ്പാടാനും അതാക്കാനും ഇതാക്കാനും നിങ്ങൾ പഠിക്കാൻ പറഞ്ഞ ആരും കിട്ടൂല നിങ്ങൾ ഒത്തിരി അടുത്ത് വിളിച്ചു ലക്ഷം ലക്ഷം എന്താ ചെല്ലുന്ന അത് ചെല്ലുന്നു എന്തോ അച്ഛൻ വിളിയാത്ത എല്ലുമൊക്കെയല്ല ലോറി പൊത്തെല്ലാം കയറി ഓഫീസെങ്കിലും പാട്ടെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഗുരുവാള് ഇന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ ക്രിസ്ത്യമാക്കായ ശിക്ഷ സ്ഥലം അടുപ്പിച്ചാല് ബെഞ്ചും ഡെസ്കോട്ട് ഇങ്ങനെ കാത്തിരിക്കും ആള് വന്നിട്ടില്ല ആള് വന്നിട്ടില്ല ആള് വന്നിട്ടില്ല മറ്റേതാകുമ്പോൾ മുതല് കെട്ട കോഴിമുട്ടമാർ കാസും കൊത്തിയിട്ട് മാങ്ങ വരെ കൊണ്ടുവരും ചെയ്യും ഉപയോഗിക്കാൻ ഇന്ന് പഠിക്കുന്ന താരം കൊണ്ടിരുന്നെങ്കിലും കാസും ആ ചേക്കും കാക്ക അസത്താകാനോ ഉമ്മാക്കുപ്പാക്ക് തുടക്കം കിട്ടാനോ പിന്നെന്തൊന്നും വിസ കിട്ടാനോ പിന്നെ വിമാനോട് മരിക്കാനോ തുടങ്ങി കിട്ടാനും മുസ്ലിം പേര് തപ്പാത്തിൽ ലഭിച്ചുകൂട്ടാനോ ഇതൃ കല്യാണം കാണാനും കൂടി മുലാത്തു ഒരു മിസ്കു മസാല കുടുങ്ങിയാൽ അവർ ഒരു രക്ഷ പ്രാപിക്കാൻ പറ്റിയ മേഖലയിൽ ഉണ്ടായി പോയി കതീറും പുത്തമ്പാഹു പ്രാധാന്യമാറി ആ റബി ഏഹ് ഇല്ലേ ഏത് ഞാൻ കഴിച്ചാലും മത്തിയും കൂടെ മീനും കൂടെ കൂലാം ഏത് മുരാക്കരെ വേദാൻ വേണ്ടി കാത്തിറ്റും പത്തരും കാത്തിറ്റിങ്ങനെ ഭാര്യ ഇട്ടേ കുടിച്ചോ മുലാക്കന് തന്നെ കണ്ടോ കേട്ടോ വേണമെങ്കിൽ ഇതും വെച്ച് നോക്കാം ഊറ്റി വെച്ചാൽ നോക്കു കുറെ കോലം കെട്ടി ഞാൻ നോക്കു തല്ലിക്കെട്ട് വെച്ചാൽ നോക്കു ഏർ ഒറ ചേരി വെച്ച് ഞാൻ നോക്കുന്നുണ്ട് സെലക്ഷനില്ലേ എന്തായി പറയുന്നു കാത്തിരി പിടിക്കാത്ത അടത്തിൽ കാലയിലും അടുത്തൂഹൂ കത്തിസായിലൂഹോ ചോദിക്കുന്ന ആൾ വളരെ കൂടുതലുണ്ട് കൊടുക്കുന്ന ആൾ കുറവാണ് അത് പൈസക്കാരാണെങ്കിൽ തന്നെ രാജകുമാരുടെ ആരാളുണ്ട് ധർമ്മം ചെയ്യുന്ന ആളില്ലാന്ന് അങ്ങനെയും വക്കാം അല്ലെങ്കിലോ ചോദിക്കാൻ വരുന്ന ആളുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റിയ ആളില്ല എന്ന് പുറത്തുർപ്പുതിപ്പെടുത്തിയിട്ടില്ല ിൽ അമലിനേക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കണമെന്നാ പറയുന്നത് ഓരോ കാലത്തും വേണ്ടതിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് നൂറ് രണ്ട് നിറജന്റെ ഇടയിലുള്ള ദൂരം എത്രയാണ് മുഖുമർ എന്ന് പറഞ്ഞ ഈ കുതിരൊട്ടകത്തിനൊക്കെ മെലീപ്പിക്കടി കൂടിയപ്പോ ഞാൻ ഓടാനും ചാടാനും കഴിയൂല സ്റ്റീട് കുറഞ്ഞു പോവും അങ്ങനെ വാലാക്കുല്ലി നാമ്പരിന്ന് പറഞ്ഞില്ല യാത്ര ഒക്കെ ഉപയോഗിക്കുന്നത് കനംകുറഞ്ഞ് ഒടങ്ങിയും അപ്പൊ നല്ല സ്പീഡുള്ള സാധനായി കനംകുറയുമ്പോ സ്റ്റീഡ് അങ്ങനെയുള്ള മേത്രം കുതിര ആ കുതിര എഴുപത് കൊല്ലം ഓടിയാൽ എവിടെത്താമോ അതാണ് ഉറദിന്റെ അടിയിൽ അങ്ങനത്തെ നൂറ് ദർജ ഓടുമ്പോഴൊക്കെ എത്ര കൊല്ലം കഴിഞ്ഞ് എഴുപത് കുളിക്കണം നൂറ് എഴുപത് കുളിക്കണം നൂറയില്ലേ വഖീന യ അറസൂലുല്ലാഹ് അയൽ ഇൽമാ അൽ അഫലൂ അമലൻ ദൂട്ടതിനെ മെ അഫലനേത് ഖൽ അൽ ഇൽമു ബില്ലാഹി ഹസ്സ വതഅല്ലാ അല്ലാത്തിനെ കൊള്ള ഇമ്മാനന്ന് വറ ഫഖീന അയൽ ഇൽമ തുദീദു ഏത് ഇൽമിനിയാണ് തങ്ങൾ ഉദേശിച്ചതെന്നുവെച്ചി ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇൽമു ബില്ലാഹി സുബ്ഹാനഹു വതആല അല്ലാഹുനെ കൊള്ള ഇമ്മാൻ ആദം ആദം പറഞ്ഞതിൻ്റെ മറുപടി ഓർക്കുക فقيل له نسأل عن العمل وتجيب عن العلم عمل لك رجعه كمتعه علمين بجعه لمروري والإنغرم فقال صلى الله عليه وسلم إنك علي للعمل ينفع مع العلم بالله تعالى الله من العلم على الطم ورن نعم لبني يبالام ولا ركعت من عالد هجاف مل من ألبها من عالم فتقبلان هذا كيف هذا؟ وَنَعْرِفُ نَبِيَّ رَبِّهِمْ هُمْ أَطْعَمُوهُ مِنْهُ وَلِفَرِئٍ مَّلَّهُ لِتَكْمُلَا وَنَرَأَتْهُمْ مِنْ آلِثٍ يَحْفَظُونَ مِنْهَا مِنْ, من, من آلِهِ من وَإِنَّ كَثِيرًا لَّمَذِي عَمِلَ دَارَ لَمُنْد لَايَم فَرْمَال جَهَنَّمِ بِاللَّهِ اللهനെ കൊണ്ടുള്ള ജഹന്നമോടോ അപ്പോൾ ഒരു ഭാരത്തിന്റെ ഇതുല്ലാ അപ്പോൾ അല്ലാനെ കൊണ്ടുള്ള ഇൽമ ആദ്യം പെട്ടെന്ന് ഓർക്കും അത് എനിക്കും തന്നെ മടിച്ചുന്നില്ല നമ്മളെ അറിയുന്നത് ഉമാര മണിക്കും എന്നെ വന്നില്ല അറിയുന്നു നമ്മുടെ മുക്കല്ലിനീകളാണ് മുക്കല്ലിന്ന് തന്നെ ജാഹിരാച്ചു കഴിഞ്ഞോളണമെന്ന അർത്ഥം അത്തരം ഇരുന്നു അതെന്താദ്യം മനസ്സിലാക്കീനാണ് അവന്റെ അടിമകളെ ഒരുമിച്ച് കൂട്ടും സുമ്മയത്തിൽ ഒരുമിച്ചു കൂട്ടുന്നു സുമ്മയക്കൂറിയ മഹത്തിൽ കൂട്ടമേ ഇന്നീലം അതെ ഇൽ നീതിക്കും ഞാൻ നിങ്ങൾക്ക് എന്റെ ഇൽ നിന്ന് വെച്ചിട്ടുണ്ടല്ലോ ആ വെച്ചേരുമ്പോ മറ്റൊരാളുടെ കൂട്ടത്തിന്റെ ഒരു ചർപ്പന്റെ ഓർത്തു വരുത്തത് അത് ഇല്ലാതെ ഇൽ നീതിക്കും ഞാൻ നിങ്ങളെ പറ്റി ഞാൻ അറിഞ്ഞതിന്റെ വേണ്ടി മാത്രം അറിയാത്ത തരത്തിൽ വെച്ചാൽ ഒന്നുമല്ല വാലം മലയിൽ നീ തീക്കും നീ വഴി വെക്കും ഞാൻ നിങ്ങളെ ആരാപി ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്ത് വെച്ച് വന്നിട്ടില്ല അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ പോയിക്കോന്നി ഞാൻ പുറത്തു വന്നിരിക്കുന്നു അല്ലുലമായ പറയുന്നത് അടീത്തുപൊട്ട ആത്താറു പറയണോ സപ്പറത്താദി കൃപിയുള്ള പറയുന്നു നീ കുമൈലിനോട് മ്പത്തിനേക്കാണ് ഇൽ എന്നുള്ളത് ഇതുകൊണ്ട് വ്യത്യാസങ്ങൾ അൽ ഇൽമുഹരിൽ നിന്നക്കാക്കും നീ മുതൽ അങ്ങോട്ട് കാക്കേണ്ടി വരും ഒന്ന് വൽമാലും മഹക്കൂ മുന്നലിയാണ് ഇത് ഹരാലാണോ ആറാമാണോ ഇത് മഹസൂബാണോ അത് മഹസൂബാണോ ഇത് ശുഭാത്താണോ നല്ല ഇൽമാണു മഹക്കു മുന്നണി അതത് പ്രതിയാണ് ശരിക്കും പറഞ്ഞത് ഇത് ഉപയോഗിച്ചാൽ പറ്റുമോ പറ്റൂലേ വരുന്നില്ലല്ലോ ഇതിൽ എത്ര തെക്കാത്തയച്ചു കൊടുക്കണം എത്ര തെക്കയച്ചു കൊടുക്കണം ഇതെങ്ങനെ ഓയിൽ വെക്കണം മഹക്കു ഈ മാലി വൽ മാലു മാലി എന്ന് പറഞ്ഞ തങ്കു സുഹലിനൊക്കെത്തു കൊടുക്കും തോറും തീർന്നുപോകും വൽമോ എത് കോവിൽ പാക്ക് കൊടുക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പറയാ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഇൽമിനും ോക്കുന്നൊരാള്ന്ന് നമസ്കരിക്കുന്ന ഒരാള് അതുപോലെ തന്റെ ജിഹാദിനിറങ്ങുന്ന ഒരാള് ഇതിനേക്കാളല്ല മരണപ്പെട്ടു പോയ ഇസ്ലാമിൽ ഒരു ബമ്പിച്ച വിടമുണ്ടായിട്ടുണ്ട് ആ വിടവ് നികത്താൻ കഴിയൂല ഇല്ലാ ഹലപ്പമ്മിന്നു അതിന് പെറ്റിലാണ് ചിങ്കാമിയായി വന്നെങ്കിൽ അല്ലാണ്ട് പക്ഷെ ചിംഗാമിയെ പരിപാടാകും വന്നിട്ട് നമ്മൾ നികത്തപ്പെടാത്ത വേടവായിട്ട് കിടക്കും ഒപ്പ കുത്തോ ഒപ്പായപ്പോ പകരം കുത്തിക്ക് വന്ന പകരം കുത്തിപ്പിയാലും അറിയുന്നില്ല عَلَى الْهُدَىٰ لَمْ يَسْتَغِيثَ إِلَّا اللَّهُ وَقَدْ رَكُضُوا كُلٌّ بِمَا كَانَ يَعْمَلُونَ وَالْجَاهِلُونَ لِيَغْتَدِلُوا مِنْ عِنَادِ اللَّهُ فَاصْبِرْ بِالْمِنْهَجِ الَّذِي هَيَّمَ بِهِ أَبَدًا إِنَّ الْإِنْسَانَ لَمَوْعِدًا لِلنِّيرَانِ മൽപസുറു പസറില്ല ഇല്ലാൽ ഇൽമി ഇൽമിന്റെഹനുകാർക്കല്ലാതെ കണ്ട് ശരിയായ ഫസറില്ല കാരണം ഇന്നഹം അതില്ലാ അവർ വഴികാട്ടികളാണ് ഇന്നഹം അപരാം ആഴ്ച വഴികാട്ട്നിമനിത്തഹിത ഹിതായത്തിന് തേടുന്ന വഴികാട്ടികളാണ് എന്തിന്റെ വെലി വഴികാട്ട് അനിൽഹുതാക്കുവേണ്ടി അതുകൊണ്ട് സ്വസനായ ഫസു മുഴുവൻ അവർക്കും ുഷ്യന്റെ കതിര് അവൻ എത്രത്തോളം ആ കാര്യം നന്നാക്കി മെച്ചപ്പെടുത്തി അവൻ അറിഞ്ഞുവെച്ചിട്ടുണ്ടോ അനുസരിച്ചാണ് ആയതാക്കളാണ് ഇൽമിന്റെ ഹരികാരുടെ ആയുധാക്കളുമാണ് ഇൽമിന്റെ ജഹ്ലും പരസ്പരം വരുത്തിയത് അപ്പോ ജാഹിനീയങ്ങൾ ഇൽമിന്റെ ഹരികാരുടെ എപ്പോഴും ആയുധാക്കളായിരിക്കും ഒക്കെ പോകില്ല അതുകൊണ്ട് നീ വിജയിച്ചുകൊള്ളുകിജയിൽ നിൻ ഒരു ഹിൽമുകൊണ്ട് എങ്ങത്തെ ഇൽമ് ഹയ്യൻ ആ ഇൽമ് മുഖേന നീ എപ്പോഴും ഹയ്യ ആയിക്കൊണ്ട് ജീവിക്കും അങ്ങനെയുള്ള ഇൽമ കൊണ്ട് ബേത്തോക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കൂല അത് ജവാബാ ജവാബാകണമെങ്കിൽ ഇൽമിന് സിമത്ത് വന്നിട്ടില്ലല്ലോ എന്തോ ഒരു ഇൽമുകൊണ്ട് അഗ്രയിപ്പില്ലേ ഫുൽ എന്ന് പറഞ്ഞതിന്റെ അമല ജവാബാണ് തൈഷ് എന്ന് പറയുകയാണെങ്കിൽ ബ്രന്ധം ഉണ്ടായത് ചെറുപ്പ ജവാബ് ഒന്നായിരുന്നു ഹയ്യൻ അബദാൻ എപ്പോഴും ആ ഇൽമ് കിട്ടിക്കഴിഞ്ഞാൽ നീ ഹയ്യാട്ട് ജീവിക്കും അപ്പം ബൈസിന് വേണ്ടി എന്താക്കി തൈശൂന്റെ ആ കളഞ്ഞു അത് യസ്മിന് വേണ്ടി കളഞ്ഞല്ല ബൈത്തൊക്കെ മടിച്ചു ജഡ്മിന്റെ നേരത്തെ ഞാൻ പോവല്ല അപ്പം ആ അപ്പൊ കഴിച്ച് എന്നുള്ളത് മദ്യൂസവും അല്ല ശരിക്കും മറക്കുവാട മറക്കുവാണെങ്കിലും അതെ ഇൽമിന്റെ തിബത്തായ കാരണത്താൽ ജെഡിന്റെ മഹലിലാണ് തീരും മറക്കുവാണ് ഫാമിലി കടക്കാഞ്ഞാൽ തീരെന്തായിരിക്കും മുതലേ തീര് മറക്കുമായിരിക്കുമല്ലോ അപ്പൊ മറപ്പുവിന്റെ സൂറത്താണ് പക്ഷെ ഇൽമിൻ എന്ന് പറഞ്ഞ ഇൽമിന്റെ മൌസൂഫായി ും മജുറുവാറുണ്ടോ മജുരനും പറയുന്നുേക്കാൾ ആയുധായ ഒരു വസ്തുവും ഇല്ലാത്ത രാജാക്കന്മാർ ജനങ്ങളുടെ പേരിൽ ഭരണാധികാരിയാണെങ്കിൽ വലുറുമാ ഹുക്കാമുന്നൽ മുലക്കി രാജാ കമാരമേൽ ഭരണകമത്തുള്ള ആരാണോ ഉലമാവാണ് വാക്കാൽ ഇബ്നു അബ്ബാദ് റസൂലുള്ളാഹി റഹിതു ഖൈറ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം ബിദ്യാദ കൊടുത്ത് ബൈനൽ ഇൽമു വൽ മാദിൽ മുൽക്കി മൂന്നാല് ഇടരായതെടുക്കുന്നന്ന് ഒന്ന് ഇൽമ വേണോ അല്ല മാള വേണുമോ അധികാരം വേണുമോ സ്വത്താര മുത്തറു പറഞ്ഞു ഇൽമിനെ പറഞ്ഞു തർത്തോണം സ്വത്താര ഇൽമ അത് തിരഞ്ഞെടുക്കുമ്പോഴോ മാലും മുളുക്കും പിന്നാലോ നിന്നറിഞ്ഞാട് അനുരോധിക്കപ്പെട്ടു അൽവിടമാർ മുനുക്കും രാജാക്കന്മാർ ആയിരുന്നു കാൽ സുഹാദമനി സഫര ഈ താങ്കളും പകമായിരുന്നു കാൽ അല്ലതിനെ മുതൽ തുന്ന ബിദ്ദിയും വിറ്റിട്ട് തുന്നപൊതു ച്ചാൽ അല്ലിമിമിനാസ് ആലിമല്ലാത്ത ഒരാളെ ഊപ്പർ നാസിൽപ്പെടുത്തിയിട്ടേ ഇല്ല മനാസും ചോദിക്കുമ്പോൾ തന്നെ അല്ലെ മറുപടി പറഞ്ഞത് അപ്പൊ ഇൽമില്ലാത്ത ആളൊന്നുമില്ല നാത്തിൽ പോലും പെടൂലെന്നാ മൂപ്പറ് പറഞ്ഞു കാരണം യഥമയ്യൻ മിഹന്നാസ് ബഹായിമി മറ്റുള്ള ബഹായിമിനെ തൊട്ട് നാസിനുള്ള വ്യത്യാസമാകുന്ന പ്രത്യേകത എന്താ ഹല്ല ും ഇൻസാനും അഞ്ചലി ഇൻസാൻ ഇൻസാനായൊണ്ടാണെന്നറിയോ അവൻ എന്തുകൊണ്ടാണോ ഇത് ഷരീഫാക്കപ്പെട്ടത് അത് വല ആ കാര്യം ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ മനുഷ്യത്വം എന്ന് ഉണ്ടാകുമ്പോൾ മനുഷ്യനാകുന്നു ശക്തി അതവന്റെ ആ വ്യക്തിത്വത്തിന്റെ ആ പവർ നോക്കിയിട്ടല്ല ആ ഇൻസാൻ ഇൻസാനാകുന്നത് അങ്ങനെ ആ കുപ്പത്താണെങ്കിൽ ആനൊക്കെ അല്ലേ ഒന്നാം സ്ഥാനം കൊണ്ടു ഫൈനൽ ജമല കാരണം ഒട്ടകം മക്കവാ മിന്നു അവനാക്കാണ് ശക്തികരതിലുണ്ടല്ലോ ഇന്ന് ഒട്ടകത്ത് ഞാനിക്കൊക്കെ കുപത്ത് സക്സിനെ പോലീസ് ആണെങ്കിൽ വലാഭിരിതം ഈ അല്ല തടിയും കൊണ്ടാണെങ്കിൽ ഫൈനൽ തീരാളോ മിന്നു ആന അതിനാ കടവിൽ തീപ്പറുണ്ട് വലാഭി ശുചാല്ല ധീരതെന്നു പറഞ്ഞിട്ട് മറ്റൊരു പിടിച്ചക്രമിക്കൊരു സ്വഭാവം ഉണ്ടല്ലോ അതാണോ അശുചിന്നു സിംഹം കടുവ പുലി മുതലായവ അതിനാക്കാണ് ധീരതയുണ്ടോ സാധനം ഇപ്പറുണ്ട് അല്ല വലാ തുന്നല കർഭം കൊണ്ടാണോ ഭൈനത്തൽഭത്തിനും മിന്നു കാളൊക്കെ അതിനാക്കാണ ഇവരെ വയരുണ്ട് കാള ഒറ്റ തുന്നവർക്ക് ഒരാഴ്ച സൃഷ്ടിച്ചു കുറയെ വദാളി ഉജാമേണ്ടാമാലാദുന്നു ചെറിയ ചെറിയ പക്ഷികൾക്ക് പോലെ അനുകൈവുണ്ട് അപ്പൊ ഇതൊന്നുമല്ല മനുഷ്യന്റെ പോലെ ചെമ്പലം ഞെറക്കി ഇല്ലാലിൽമിന്റെ വേണ്ടിയിട്ടല്ലാണ്ട് മനുഷ്യനെ പഠിച്ചിട്ട് പോലുമില്ല അത് മറ്റുള്ള ജീവികൾക്കുമില്ല പറയുന്നു ഒരാക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നിട്ട് മോനിക്കെന്തല്ലോ കിട്ടിയിട്ട് വേറെ എന്നാൽ മോനിക്കെന്ത് കിട്ടി എന്നാ പറയുന്നു കിട്ടേണ്ടത് ആരും കിട്ടിയിട്ടില്ല വാഗിശൈൻ ഫാത്തഹു എന്ത് വസ്തുവാണ് അവന് നഷ്ടപ്പെട്ടത് മൺ അവരക്കൊല്ലിലും ഇരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനിക്കെന്ത് നഷ്ടമുണ്ടത് വക്കാല അലഹിത്തലാൻ പറയുന്നു മൺ ഓക്സിജൻ കുർഹാൻ നൽകി എന്നാൽ അതിന്റെ ലഫനം മാനി എല്ലാം നൽകി നഷ്ടം ഒരു കിട്ടാൻ വിതാഷ്ടം എന്ന് പറയുന്നല്ല അവൻ കാണുന്ന അന്ന ഹര നൂത്തിയ ഇതിനാൽ കാണാൻ ഖൈരട് വേറാക്കി ഒടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പൊ ഇത് നിസ്സാരുന്നു എന്നാൽ തക്കത് ഹക്കറമാര ബഹുമാനിച്ചെ നിസ്സാരമാക്കിയവനായി മാറിയില്ലേ ഇതിനാകണ മുന്തിയ വേറെ നടത്താ കേട്ടു ജബൂത്തു രോഗിയായ മനുഷ്യന് ഭക്ഷണം കൊടുത്തില്ല ബന്ധവും കൊടുത്തില്ല മരുന്നും കൊടുത്തു കഴിഞ്ഞാൽ ലയിക്കൂലേ ലോകിച്ച് ആലും മല വരിക്കൂന്ന് പറഞ്ഞു കതാലിക്കൽ കൽബും ഈ കൽബും ഇതുപോലെയാണ് ഇതാ മുനി ഖാൻഡ് നെക്കുമത്ത മൂന്ന് ദിവസം എൽബും ഹെക്കുമത്തും മുടക്കിക്കഴിഞ്ഞാൽ എമ്മോട്ട് കൽബ് മരിക്കൂന്നാവാ മൂന്ന് ദിവസത്തിന് മുമ്പായിട്ട് ഓരോ കളാത്ത് വേണ്ടി വരും അതുകൊണ്ട് മനസ്സിലാക്കുന്നത് സത്യം കഥാപ്താക്കുന്ന വ്യാഖ്യാനിക്കാനാവുമോ സത്യമാണ് അത് രണ്ടുകൊണ്ട് മാത്രമാണ് അയാതുഹുന്റെ അയാത്ത് ഇതുവരെ കമാന്റെ തഹാം ശരീരത്തിന്റെ ഭക്ഷണം തഹാമാണെന്ന് നേരത്തെ മുമ്പ് ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്കതൽമ അതുകൊണ്ട് ഇന്മിന് ഒരാൾക്ക് കിട്ടാണ്ടായാൽ പകൽ മനിയുന്നോൻ അവന്റെ കൽബ് അറിയുന്നായിമോൻ ഇനി മൗത്ത് അവൻ ആദ്യമായിട്ട് വിടും വരാ ചിഹ്ന ഹോലാ പക്ഷെ കൽബ് മരിക്കുന്നത് ഇവരെ തിരിയുന്നില്ലാന്നെയുള്ളൂ ആട് തടി വരിക്കുമ്പോൾ ആട് തിരിഞ്ഞിട്ട് ആ മെച്ച മമതാദിക് വെച്ചു അത് മുന്നെല്ലാം മാപ്പാത്തക്കമ്മ മുപ്പക്കാത്തിറക്കുണ്ട് തന്നെ എല്ലാം ആപ്പയുടെ മുൻ ബുദ്ധു ഇതല്ല എന്ന് പറയുന്നത് ഇത് ഹൊംബുദ്ക്കാരണം ഹൊബും ഹോമിഹ അതുകൊണ്ടുള്ള ശകുനും അതുതന്നെ ഹിസാസമൂ കല്ലു മരിച്ചെന്നുള്ള ആ ഹിസാച്ചനെ നെച്ചപ്പെട്ടിരിക്കാം ജോലിപ്പുറം വന്നപ്പോ ഇത് അറിയാതെ മരിച്ചത് ചെയ്യുന്നുണ്ട് ഇതിൽ സമാൻ കലബത്തൽ ഹൌസിയാൽ കത്തുപത്തിൽ അലമല്റായി തിൽഹാലി മുറിവ് മുറിവിന്റെ വേദന ഉണ്ടാക്കും ചിലപ്പോൾ അറിയാണ്ട് പോക്കുണ്ടല്ല ഒരു ഭാഗത്ത് ഹൗസ് കൂടിപ്പോയാൽ എന്നത് പറയുന്നു വൈകാലവാക്യം ചിലപ്പോൾ മുറിവടെ സംഭവിച്ചിട്ടുണ്ടാവും ഈ തിരക്കിൽ വൈകിട്ടില്ല മൌതിപ്പം സംഭവിച്ചിട്ടുണ്ട് ദുഞ്ഞാവിന്റെ തിരക്കിലവനെ കല്ലുമരിച്ചെന്ന് മനസ്സിലായില്ല പൈത ഹത്തന്നു തുഹന്നു അയംബുഞ്ഞ ഇനി ശരിയായ മറ്റ് മൂത്തുണ്ടല്ലോ ഹഗ്രാൻ അലി ഇസ്ലാമ് വന്നാൽ ഉണ്ടാക്കുന്ന മൗത്ത് ആ മൗത്ത് വന്നിട്ടുണ്ടാക്കും ദുഞ്ഞാവിന്റെ ചോലെല്ലാം അവനെ തൊട്ട് മാറ്റി നിർത്തി മാറ്റി നിന്നു അജാ മൗത്ത് നേരത്തെ വെച്ചിട്ടുണ്ടല്ലേ തിരിഞ്ഞു കൽബ് കൽബ് നേരത്തെ വെച്ചിട്ടുണ്ട് ഇപ്പൊ തിരി കൽബിന്റെ ഹലാക്ക് കൊണ്ടുവച്ചു ഒരിക്കലും തിരിയവും നവീമാ വമ്പിച്ച് വേപതാളത്തിലാവും പക്ഷെ തുമ്മലായം സഹു അതിനെന്താ ഭഗവാനം അതായത് വഴക്കാതായിട്ട് ഹിസാസിൽ നിർഭയനായി ചഴിഞ്ഞു കൊള്ളുന്നൊരു മനുഷ്യന്റെ പിന്നെ പൗസിനെ പിന്നെടുതിന്റെ വഴിയായി നേരത്തെ ബർന്തോ ചോളിലായിട്ട് പൗസിനെ പറ്റി ഉണ്ടെങ്കിലും എത്തിഞ്ഞു വൽ മുസ്ലിൻ അതുപോലെ കച്ചിറില് നിന്നെന്തായി എന്നറിയോ തെളിഞ്ഞു അവൻ ഈ തെളിഞ്ഞാൽ എന്താബോഹമിനെ ജരാഹാത്തിന്റെ ഹാലത്തിന് കുറെ മുറിവ് സംഭവിച്ചിരുന്നു എന്നതൊപ്പം ബോധം തെളിഞ്ഞിട്ടാതിരിക്കുന്നു അവിടെ വേദന ഇവിടെ വേദന ഒന്നാമത്തെ സുഹൃത്തിലേക്ക് രണ്ടുദാഹരണയിലേക്ക് വൽ മുട്ടിയ മീൻസ് രണ്ടുദാഹരണം അപ്പോ തെർത്തി പ്രകാരം പറയുകയാണെങ്കിൽ ഉസിന്റെ വീശ ആദ്യം പറയണം സുക്കിന്റെ വീശം രണ്ടാമതാ പറയേണ്ടത് ഊപ്പർ ഉണ്ടാക്കി ആലത്തി ശുദ്ധർ ഒന്ന് പറഞ്ഞു അതിൽ രണ്ടാമതാണ് വന്നപ്പോ അതിന് ഉറക്കെ പറഞ്ഞു എല്ലാവരും ഉറക്കത്തിലാണ് മരിക്കുമ്പോഴാണ് ഉണ്ടരുതാം അത് വാക്കാം മരിക്കുമ്പോ ഉണരുക ജനങ്ങൾ ഉറക്കത്തിലാണെന്ന് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യാഖ്യാനം നാലാം ദിവസേനും ഊപ്പം വ്യാഖ്യാനിക്കുന്ന വലിയ ബാബു ഇട്ടു കൗൺസിലാർക്കാടെ നോക്കാം ജനങ്ങളിലുറക്കത്തിലാന്ന് മരിച്ചാതെ അടിക്കലെന്ന് പറഞ്ഞാല് എന്താ മെച്ച അടിക്കാണ്ടെന്ന് പറയുന്നു കൗൺസിലുകാർക്ക് നോക്കാതെ നോക്കാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് നാല് وقال الحسن رحمه الله يروى ان ميداد العلماء يدمي الشهداء هذا والله برضو برضو يروى جهم ميداد العلماء ابدا اي جواب برضو لا يروى وقال صلى الله عليه وسلم يروى يوم القيامه ميداد العلماء يدمي الشهداء ان ನೇತೆ ಬರ್ದಿತ್ತು പക്ഷെ ಅವಡಾ راضਿਹೇದು ಅಂತ ಹೇಳಿರಲಿಲ್ಲ ಈ ಬಡಪ್ಪ يروಜಹم ميداد العلماء يدمي الشهداء ಅಂತ ಹೇಳಿದ್ರು وقال ابن مسعود رضي الله عنه وعليكم بال علم قبل ان يروى എൽമുയർത്തപ്പെടുന്നൊരു കാലം വരുന്നുണ്ട് അതിന് മുമ്പായി വേ പഠിച്ചു വെച്ചോളിയും എന്താ മൗ തീ എൽമുയർത്തപ്പെടൽ എന്ന് പറഞ്ഞാല് മൗ തുറുവാ ആ ഇൽമിന്റെ ഹരിതാരുണ്ടല്ലോ ഓർമ്മ ഇരിക്കലാണ് ഇൽമം തന്നെ വറന്ന് പോക്ക് നേരം നമുക്ക് മറന്നിട്ട് കോയ തെളിക്ക് അല്ല ഓർമ്മ ഒരിക്കലോടുകൂടെ ഒരു ഇൽമ അപ്പുറത്തേക്കുമായി പോവുകയാണ് భవన్నబీ నఫ్తీబియది ఎన్న నఫ్తీది రబ్బిన్ దైదాను ఆ రబ్బిన్ తన్న సత్యన అవ్దన్న రిజాను కుతిరూఫీ సబీల్illahు సుహదా ఆ అల్లా నబీ సబీల్ సుహదాకలై కొన్నపట రిజాను ఆదర్హికయానను ఎన్న ఐన్ బదతహుల్లాహు రమహా నమడ ఉలమా గాయైత అల్లాహు తాలా బాత్ చేయిన నమ్మాయనే న కారణనది ఇవర్కెట్టె బదిరు ఉలమాంద బదిరు నక బదిరియెక్యతంది കൊ കൊടുത്ത കടാമത്തിനാൽ അവർ കണ്ടതിന് മാത്രയോ കടാമത്ത് അത്ഭുത സിദ്ധീന്ന് അർത്ഥം പക്കരുത് വളരെ കടാമത്ത് എന്ന് പറഞ്ഞവർ അത്ഭുതസിദ്ധി അർത്ഥം അല്ല നമ്മൾ കാതിക്കൊള്ളില്ലാത്ത അത് വേറൊരു സൗജീവ് ഒരാളും നം ജൂല ആലിമൻ ആലിട്ട് ജനിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞു എല്ലാം കള്ളിതി വരേണ്ടി വന്നു അതാ ഇതേ അതീതെടുത്തിട്ട് മൂന്ന് പറയുന്നുണ്ട് ലത്തിനായിട്ട് കിട്ടുന്ന വായും വളർന്നിട്ട് മണീനായിട്ട് ഇങ്ങനെ വന്നിട്ട് പശുപും വരെ ഉയരുന്നല്ല ചാലും രണ്ടുണ്ട് ആഡിയുണ്ട് കയർ വാദിയുണ്ട് ആരി എന്ന് പറഞ്ഞാൽ ഉത്താദിനെ കാണാൻ പോകുക പെൻ എടുക്കുക കല്ലാസെടുക്കുക എഴുതുക കേൾക്കുക താറുണ്ട് പഠിക്കുക വായിച്ചു വന്നുക ഇങ്ങനെ പള്ളി സാധാരണ നടന്നു വരുന്ന അതാണ് ആദി ഗൈർ എന്ന് പറഞ്ഞാൽ കൽബിനല്ലാഹില്ലാത്ത പാത്രമൊന്നും കിടക്കാതെ കണ്ടും ദുഞ്ഞാവിലേക്ക് ഇവിടെ സഹവാത്തുകൾ ബന്ധപ്പെടാതെയും കൽബിനെ തജിലാക്കി വെക്കൽ എന്നുള്ള ചാലിലും എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണെന്ന് അർത്ഥം രണ്ടായാലും ഉപാധിക്കും ഉപാധിയുടെ ഒന്ന് കടുപ്പപ്പെട്ട് ഉപാധിക്കാന്ന് മറ്റൊന്ന് മറ്റൊരു ഉപാധിയാന്ന് ഓട്ടോ അവിടെ ഹറ്റിന് പൊടിയേ ചെയ്ത കാല നിങ്ങൾ അർത്ഥം പറ്റി പോതാൻ പോക്കുന്ന മോട്ടോർ അർത്ഥം പറ്റിട്ട് പോതാൻ പോയിക്കുന്ന സംഘടനയ്ക്ക് നോട്ടീസ് എത്തിക്കാൻ പോലെ ഒന്നും കിട്ടുകയും ചെയ്യില്ല സ്ഥലങ്ങളിൽ നിന്നല്ലോണ്ട് ഒരു നൂറ് കോളേജില് മംഗലം കഴിയുമ്പോൾ പിന്നെ ഇവിടെ മംഗൽ തിരക്കിലല്ലാണ്ട് പിന്നെ പുള്ളക്ക് നേരെ ഉണ്ടാ അങ്ങനെ തക്കാരും മർദ്ദക്കാരും കേക്ക് അപ്പൊക്കെ ഒരു ബോധമുണ്ടാവും എന്നുള്ളും എന്നുള്ളൊക്കെ അവർക്ക് മാല മാല നിൽക്കണം അവിടെ ആഫ്റ്റർ ബീപ്പൊന്ന് കുറിച്ചാലും കൊടുക്കില്ല ഈ എല്ലാം കൊണ്ടാടാൻ പാവപ്പെട്ട കുളരല്ലേ സദാചരണത്തിൻ്റെ ഒരു രാത്രിയിൽ നിന്ന് അല്പസമയം ഇന്നും രാത്രി ചെയ്യലെന്നുള്ളത് ആ രാത്രി മുഴുവനും ഹയാത്താക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം അതാണെന്നാണ് അത് എൽമിബാദത്വമല്ലോ എൽമിനി ബാധിത്വം ആരും അർത്ഥം കൊടുത്തിട്ടില്ല പൊതുവേ അത് ഗവൺമെന്റ് വകദാരിക്ക നബി ഹുറൈറ ഇരിപ്പാര ഗൗലമ ഇബ്നു പാസ തങ്ങളെ പോരാണ്ടിടും അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് അഹ്മദ് ഇബ്നു ഹംബദ് തങ്ങളെ തൊട്ട് ഇതേ ദിവായത്ത് കൊണ്ട്. വഖാലൻ ഹസനഹു ലീ റബ്ബനാ ആതിനാ ഹിദ്ദുൻ ഹസനതൻ വഫിൽ ആഖി വബി ഹസനതൻ എന്ന് പറഞ്ഞു. ദുൻയാവിലും ഹസനതതാ ആഖിവത്തും ഹസനതതാ എന്ന് പറഞ്ഞില്ലേ. ഇന്നൽ ഹസനത ഹിദ്ദുൻ ദുൻയാവിലുള്ള ഹസനത എന്ന് അറിയോ? ഇന്നിൽ മുൻ ഇബാദാൻ ആശ്രദത്തിൽ മഹത്തലത്തോ വില്ലാസരത്തിൽ തന്നീലിന് ബഹനൽവക്കുമായി അയ്യല്ലായി അല്ല തക്കുത്തനി ചോദിച്ച മണിന്റെ കഥ അഷിയാക്കൾ നിതാണ് സൂക്ഷിപ്പാറ്റി കരുതി വെക്കേണ്ടതെന്ന് ചോദിച്ചത് പാല ഓറ് വന്ന് അല്ല ഷിയാവില്ല തീര സതീക്കത്തെ സത്തീനത്തിന്റെ സമിഹത്തെ മാക്കാം നീ യാത്ര ചെയ്ത കപ്പൽ മുങ്ങിപ്പോയി എന്നാൽ വെള്ളത്തിൽ മുങ്ങാനുള്ളത് ഇന്നൊക്കെ തന്നെ ബന്ധ സാധനം എന്നാണ് അതിനെ സൂക്ഷിച്ചത് കപ്പൽ മുങ്ങിയാൽ കപ്പലിനോടൊപ്പം മുങ്ങുന്നതിനൊന്ന് സൂക്ഷിക്കണ്ട നിന്നൊക്കെ തന്നെ ബന്ധ സാധനം എന്നുവെച്ചാൽ ഏനൽ നിർമ്മാണം ഊപ്പർ ഉദ്ദേശിച്ചത് അപ്പൊ തൂക്കത്തനാന്ന് വായിക്കില്ലേ ചോദിച്ചത് വക്കീല അറാദി ഇവിടെ കപ്പൽ മുങ്ങൽ കൊണ്ട് മൂപ്പർ ഉദ്ദേശിക്കുന്നതാണ് നാലാക്ക് പതിനഞ്ചിൽ മഹത്വങ്ങൾ കൊണ്ട് ശരീരം ഞെട്ടിക്കലാണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത് എന്തോ ഇരുമ പഠിച്ച ഇരുമു ഭക്ഷണത്തിലേക്ക് പോകുമ്പോ ൂടി തന്നെയല്ലേ ഇവന്റെ നക്സിന് നാത്തിക പോകുന്നുണ്ട് ഇൽമുണ്ടല്ല നോദിച്ച മലക്കയായ അവസാന സന്തോഷം അതെല്ലാം ഇവന്റെ നഫ്സിന്നാത്തികന്റെ കൂടെ തന്നെ പോകുന്നുണ്ടല്ലിക്കിമ്മത്തിനുള്ളിജാമാക്കിയാൽ ജനങ്ങൾ അവനെന്താക്കും ഇമാക്കുന്നതാണ് നിജാമെന്നു പറഞ്ഞ പുതിരക്കിടുന്നെങ്കിലും കഴിഞ്ഞാൽ നിജാമെന്ന് അറിയില്ല അപ്പൊ ഹിക്കുമത് അനുസരിച്ച് ഇവർ സംസാരിക്കുകയുള്ളൂ അനുസരിച്ച് ക്ഷണിക്കുകയുള്ളൂ അതേ കഠിനാണ് കൊണ്ടാണ് അന്ന് ജനങ്ങളെല്ലാം ഇവനും ഹിക്കുമത്ത് കൊണ്ടൊരാൾ അറിയപ്പെട്ട് കഴിഞ്ഞ ലാഹലബിൽ മക്കാർ മറ്റുള്ള കണ്ണുകൾ ആദരവിന്റെ കണ്ണോണ്ടെന്നാണ് നോക്കലുണ്ടായിരുന്ന ഇൽമിന്റെ ചതത്തിൽപ്പെട്ടതെന്താണെന്നറിയോ ഇൽമുകള ചേർക്കപ്പെടുന്ന ഒരാളും അതെന്തോ നിസ്സാരമായ കാര്യത്തിലായിക്കോട്ടെ ഓനിക്ക് ആ വിഷയത്തിനായിക്കോട്ട് ഓന അറിവുള്ളവനാ എന്ന് പറഞ്ഞാൽ ഇവനിക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെ അത് ഓണിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞെങ്കിൽ ഇവനാ ഇന കണ്ടാൾ കേൾ പറയില്ല എന്തോ നിസ്സാരം എന്തോ ആ ഓനി അനിപ്പിന് നല്ല വിരുദ്ധനാണ് ആ വിഷയം എന്ന് പറഞ്ഞു അതിനൊട്ട് ഉയർത്തപ്പെട്ടാലോ ഹസിനുഖിതനാവുകയും ചെയ്യും ഇല്ലാന്ന് നിങ്ങൾ എരുമിനെ മൃഗപ്പിടിച്ചോന്നലില്ലാഹി സുബാനു അള്ളാഹു തട്ടമുണ്ട് എന്ന് പറഞ്ഞ എന്താ ആ തട്ടത്തിന് അള്ളാഹുക്ക് ഇഷ്ടം ി അതുകൊണ്ട് ഇൽമിൽപ്പെട്ട ഒരു ബാബന് ഒരാൾ തേടുകയാണെങ്കിൽ ആ തത്തമാണ് അവൻ അംബാവസാന പുറത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു അവൻ ഒരു ദോഷം ചെയ്താൽ മൂന്ന് വട്ടം അവനെന്താക്കുന്നത് അംബാവസാന ആക്ഷേപം മുടക്കാൻ വേണ്ടി മൂന്ന് വട്ടം അതിന് അലേ അല്ലാൽ എത്രയും ബഹൂരി ആദ്യം കൂട്ട് ആ തട്ടം അവന്റെ പക്കന്ന് തിരിച്ചെടുക്കാണ്ട് മൂന്ന് വട്ട അവൻ ഇട്ടാവിട്ടു മൃഗം നോക്കട്ടെ ആ തമ്പ് അവനെയും കൂട്ട് നിറകാലം പോയാലും ഹത്തൂഹത്ത വരിക്കുന്നത് വരെ പോയാലും അത് ഊരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ മൂന്ന് വട്ടയും ഇട്ടാവിട്ടത് ഇട്ടാവിട്ടിട്ട് അവൻ അടയ്ക്കും വക്കുൽതെല്ലാം നീ വർത്തനിൽ നിസീറോ വരന്മാരി ആകാനെടുത്തിട്ടുണ്ട് അറുബാദീങ്ങളാവാൻ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് റബ്ബിന്റെ നിയമാണല്ലോ അറുബാദ് എന്ത് ഇദ്ദായിക്കോട്ടെ ഇല്ലുകൊണ്ട് ഊട്ടിയുറപ്പിക്കപ്പെടാത്ത ഇദ്ദാണോ അത് ഉടനെ അതിന്റെ മസീർ എടുത്തേക്കാണ് നുള്ളിലേക്കാണതിന്റെ മസീദായ നിലനിൽപ്പുണ്ടാവില്ല എന്നത് മകാല സാധ്യമത്തിന് അപരിജ്ഞാത റതിയന്തോ എന്ന് പറയുന്നു ഇഷ്ടാൻ ഈ മൗലായ എന്റെ മൗല എന്നെ വാങ്ങിയ തർക്കാന്നറിയോ ഈ തലാസമയത്ത് ഗ്രഹമീൻ മുന്നൂറ് ഗ്രഹമിന് വാങ്ങി വാഴത്തക്കനിക്ക് ചിന്തി സക് ഹരിപ്പും ഞാനെന്താ ജോലി എടുക്കേണ്ടിട്ടാതെ എന്ന് ചോദിച്ചു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു ബിൽ അങ്ങനെ ഞാൻ ഇൽവ് കൊണ്ട് ജോലായി പമ്മാ തമ്മത്തീ സ്ഥലത്തും എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല അത്ത അത്താനി അമീരുൽ മദീനെത്തി സായിരൻ മദീനല്ല അമീര് എന്നെ കാണാൻ വരുന്നുണ്ട് ഒരു കാലത്ത് അടിഞ്ഞാൻ ജീവിക്കാം കാണാൻ വന്നിട്ട പലം മാതല്ല ഇപ്പം കണ്ടൊരു ഞാൻ മടക്കാതിന്നാവാൻ അപ്പം കണ്ട സമ്മേക്ക് അപ്പൊ സമ്മതം കിട്ടിയിട്ട് അമീര് കാണാൻ പറ്റിട്ട് ഞാൻ സമ്മതം കൊടുത്തിട്ടില്ല അപ്പൊ ഏടെത്തി ഒരു പലം കൊണ്ട് മുന്നൂറ് ഉപ്പിട്ട് വാങ്ങി അളന്നിരുന്നു മുന്നൂറ് ഒരു കൊണ്ടോണ്ട് സുലാം പകൽ ചെറുപ്പ പദവിടാക്കി ഇറാഖിൽ നീ ഫീറായി പോയാൽ ഇൽമ് നീക്ക് മാലായി മാറുന്നു സമ്പന്നനായാലോ കാണക്ക ജമാല നിനക്ക് അത് അലങ്കാരം ആക്കി മാറും അല്ല റനിയാവും ബക്കീറായാൽ അത് മാല അയച്ചു മാറും പിന്നെ നീറിയാണെങ്കിൽ ജമാലയറ്റ മാറും എന്നാൽ ഇതേ ബാക്കെ എവിടെയുണ്ട് ഈ വസായ ജഹ്മാൻ അലഹി സ്വലാമിന്റെ വസീയത്തിലുണ്ട് ആരോട് ചെയ്ത വസീയത്തിൽ മോനോട് ചെയ്ത വസീത്തിലും കാണാം അവരമ്മ എന്നെ മതിലിത്തി പോയിരിക്കുവാനെ പത്തൈക്കാൻ നിന്റെ രണ്ടും മുട്ടും കാലമുണ്ട് നീ അവരെ കൂട്ടത്തിൽ കുളിക്കുമോ എന്ന നീ അളിച്ചാൽ അത്ര മുട്ടുമൊക്കെ കണ്ടിക്കോന്ന് അള്ളാഹുപനൂരിൽ നനൂറ് കണ്ട് കൽബിനി അല്ലാഹുണ്ട് ആകാശത്ത് നിവയ്യുന്ന മഴ കണ്ട് ഭൂമിക്കൊരു ഹയാത്ത് കിട്ടുന്നില്ലേ എന്നതുപോലെയാണ് സുഖമായി കൂടെ കൂടിയ കൽവിന് ഹയാത്ത് എന്ന് പറയുന്നു ഇലാൽമു ആലിമ മല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഈ വള്ളത്തിലുള്ള മത്സ്യങ്ങൾ കരയുന്നുണ്ട് വത്തയിലൊക്കെ വായുമണ്ഡലത്തിലുള്ള പക്ഷികളും കഴിയുന്നുണ്ട് വയസ്സും മതികൂ വരാൻ സാധിക്കുന്ന മുഖം അവർക്ക് നഷ്ടപ്പെട്ടാലും അവർ ഓർമ്മ നഷ്ടപ്പെടൂല ആ ബാഹിതൂഹത്തിലോട്ട് നഷ്ടപ്പെട്ടുണ്ടാവും എന്നാൽ ഓരോർമ്മ നഷ്ടപ്പെട്ടു പോകൂലുഹൃദീരുന്ന പറയുന്നു അൽ എന്നറും ിൽമെന്നുള്ളത് ആണാണ് ഒരാ സ്വലി പോയില്ല ബുദ്ധിരാകു തിജാടി പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആൺകുട്ടികളെല്ലാണ്ട് അതിനെ ഇഷ്ടപ്പെടൂലെന്നും പറഞ്ഞു അപ്പൊ എന്മിനോട് പെറുപ്പുണ്ടെങ്കോ പങ്കുസനാണ് അപ്പൊ ഇന്മ വിഭാഗത്താണല്ലേ കത്തിയില്ല ഇൽമ വിഭാഗത്താണല്ലോ ഞാൻ വൈസറക്കും കൂട്ടി ചോദിച്ച പിന്നെ യ്ക്കാൻ പറ്റില്ല അതെന്തുവാന്നല്ല